നാസുതോ വിദ്യത്തെ ഭാവം നാഭാവോ വിദ്യത്തെ സതഹ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോ തത്വദർശിപ്പി ഇതാണ് ഇന്നലെ മുഴുവനും ഉണ്ടായിരുന്ന വിഷയം സത്ത് അഴിവില്ലാത്തതാണ് സത്വസ്തു സത് ആത്മാ എന്നർത്ഥം ഭഗവാൻ എന്നർത്ഥം സ്വരൂപം എന്നർത്ഥം ഉണർവ് അസത്ത് എന്ന് വെച്ചാൽ ശരീരം മുതലായിട്ടുള്ളതൊക്കെ വിഗ്രഹേന്ദ്രിയ പ്രാണധീതമഹ നാഗം നാഹം സത് തജം ഹി അസത് ഭഗവാൻ രമണ മഹർഷി ഈ സത്തിനെയും അസത്തിനെയും വളരെ അടുത്ത് കാണിച്ചു തന്നു വിഗ്രഹ ഇന്ദ്രിയ പ്രാണധീ തമഹം വിഗ്രഹം എന്ന് വെച്ചാൽ ശരീരം ശരീരം ഇന്ദ്രിയം പ്രാണൻ ബുദ്ധി ഇതൊക്കെ ചെന്ന് ലയിക്കുന്ന സുഷുപ്തിയിലുള്ള ഇരുട്ട് തമസ് അവ്യക്തം ഇതൊക്കെ തന്നെ ജഡമാണ് അസത്താണ് നാഹം ഇതൊന്നും ഞാനല്ലേ ഞാൻ ആരാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ജീവൻ കൊടുത്തുകൊണ്ട് സാന്നിധ്യമാത്രം കൊണ്ട് ഇതിനെയൊക്കെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന വസ്തുവാണ് ഞാൻ ഞാൻ സത്ത് ഇതൊക്കെ അസത്ത് ഇത് രണ്ടും വേർതിരിച്ച് കണ്ടവർ പരമാർത്ഥം കണ്ടിരിക്കുന്നു പരമാർത്ഥദർശികളാണ് അങ്ങനെ ഹൃദയത്തിൽ സത്തിനെ കണ്ടാൽ അതായത് ഈശ്വരനെ കണ്ടാൽ ദൃഷ്ടി ജ്ഞാനമയമായാൽ ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ പശ്യേ ബ്രഹ്മമയം ജഗത് ദൃഷ്ടി ജ്ഞാനമയമാണെങ്കിൽ ജഗത്തില് ജഡപദാർത്ഥങ്ങൾ കാണില്ല ചൈതന്യമേ കാണുമുള്ളൂ കാണുന്നതൊക്കെ ചൈതന്യമയം ദൃഷ്ടി അജ്ഞാനാവൃതമാണെങ്കിലോ ജഗത്തില് പദാർത്ഥഭാവനം പദാർത്ഥവാസനാ ദാർഢ്യം ബന്ധ ജഗത്തിൽ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ ഉണ്മയാണെന്നും ഉണ്മയാണെന്ന് കരുതി കരുതി കഴിഞ്ഞാൽ അടുത്തത് എന്താ അതിനോട് ബന്ധം സ്ഥാപിക്കും രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ പുറത്തുള്ള പദാർത്ഥങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഏർപ്പെടുമ്പോ ബന്ധം അത് ഉണ്മയല്ല എന്ന് അറിഞ്ഞാലോ യഥാർത്ഥത്തില് ബന്ധമേർപ്പെടില്ല പിന്നെ ജഗത്ത് മുഴുവൻ എങ്ങനെ ബാസിക്കുന്നു നാമരൂപമായിട്ടല്ല പദാർത്ഥമായിട്ടല്ല ബ്രഹ്മമായിട്ട് ചൈതന്യമായിട്ട് ഈശ്വരസ്വരൂപമായിട്ട് അതോ നാശമില്ലാത്ത വസ്തു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധം ചൈതന്യം അവിനാശിയാണ് അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഗുടത്തിന് കുടത്തിനെ പൊട്ടിച്ച് കളയാം പക്ഷേ കുടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് അതിനെ എന്തു ചെയ്യാൻ പറ്റും കുടം വേണമെങ്കിൽ പൊട്ടിപ്പോകും അതുപോലെ ഈ ശരീരം പൊട്ടിപ്പോകും പക്ഷെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആകാശം പുറത്തുള്ള ആകാശത്തും ആയിട്ട് ചേർന്ന് നിൽക്കും അത്രയേ ഉള്ളൂ അടുത്ത ശ്ലോകം ഭഗവാൻ അതാണ് പറയണത് നോക്കാം അന്ത അവിനാശിതു വിധി തതം വിനാശം അവ്യയത് കത്തുമർതിരിക്കേ കൂടെ അവിനശിത് വിധി ഏനം തതം കശിത് കത്തർ ഏന ഇതം സർവം തഥം ആദ്യമേ പറഞ്ഞു ഓർത്തോള നമ്മളുടെ സിദ്ധാന്തം ഫൗണ്ടേഷൻ അവിടെ വിട്ടിട്ട് കളിയേ ഇല്ല ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അനുഭവത്തിൽ രണ്ടണമാണ് ഉള്ളത് ഒന്ന് അഹം രണ്ട് ഇതം ഇതിൽ സകലതും അടങ്ങി അഹം എന്നുള്ളത് സത്ത് ഇതം എന്നുള്ളത് അസത്ത് അഹം എന്നുള്ളത് അനുഭവം ഇതം എന്നുള്ളത് ജഡം അഹം എന്നുള്ളത് ദൃക്ക് ഇതം എന്നുള്ളത് ദൃശ്യം അഹം എന്നുള്ളത് ആത്മാ ഇതം എന്നുള്ളത് ജഗത്ത് ഇതം സർവം ഇവിടെ പറഞ്ഞു ഭഗവാൻ ഉം അവിനാശിതു തദ്വിദ്ധി ഏനെ ഇതം സർവം തതം ഇപ്പൊ ഇതം സ്വരൂപം കൊണ്ട് ഇതം വാക്കുകൊണ്ട് പറയപ്പെടുന്ന ഈ ജഗത്തുണ്ടല്ലോ ജഗത്ത് മുഴുവൻ തതം തതംന്ന് വെച്ച വ്യാപിച്ചു കിടക്കുന്നത് എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു ജഗത്തിൽ മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുന്നു അഹമേവ ഇതം സർവം എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ സ്വപ്നം കാണുന്നു ഇവിടെ കിടന്ന് സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിൽ ഇവിടെ പ്രഭാഷണത്തിന് വരുന്നതായിട്ട് സ്വപ്നം കാണുന്നു അതിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രവും ഈ ഹാളും ഈ ഹാളില് നിങ്ങളും അവിടുത്തെ വലിയ ഗ്രൗണ്ടും അടുത്തുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഞാൻ കാണുന്നു സ്വപ്നത്തിൽ സ്വപ്നത്തിൽ അനൻ വിശാലമായിട്ടുള്ള പ്രദേശം കാണുന്നു എത്രയോ കെട്ടിടങ്ങൾ കാണുന്നു അല്ലേ അതിലൊക്കെ ഞാൻ വ്യാപിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ എന്നിലാണ് ഞാൻ കാണുന്നത് അതൊക്കെ എന്നിലിരിക്കണു അതിൽ ഞാനും ഇരിക്കുന്നു അതിൽ മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുന്നു ഓരോ ഇഞ്ചിലും ഞാനാണോ ഉള്ളത് എന്നിൽ ഉണ്ട എന്നിലാണ് അത് കാണുന്നത് അതേപോലെ ഇവിടെ ആത്മാവാകുന്ന അഹത്തിൽ ഇതം ശബ്ദവാച്യമായ ജഗത്ത് പൊങ്ങിക്കാണുന്നു ആ ഇതം ശബ്ദവാച്യമായ ജഗത്തിൽ അഹം ശബ്ദവാച്യമായ ആത്മാ തഥം വ്യാപിച്ചിരിക്കണു എന്നാണ് സർവമിതം തതം എങ്ങനെ വ്യാപിച്ചിരിക്കണു എന്ന് വെച്ചാൽ മുണ്ടില് നൂല് പോലെ അല്ലാതെ റൂമിൽ പുക പോലെയല്ല ഈ റൂമിൽ ചന്ദനത്തിരി പുകച്ചാൽ വ്യാപിക്കും അപ്പൊ എന്താണ് റൂമ് പുകയെ ഉൾക്കൊള്ളുന്നു ആ പുക റൂമിന്റെ ഉള്ളിലാണ് അങ്ങനെയല്ലാതെ മുണ്ടിൽ നൂല് പോലെ ആത്മാ ജഗത്തിൽ വ്യാപിച്ചിരിക്കുന്നു എങ്ങനെ പറഞ്ഞാലോ നൂലില്ലാത്ത മുണ്ട് മതി എനിക്ക് എന്ന് പറഞ്ഞാലോ മുണ്ട് ഉടുക്കാതെ നടക്കേണ്ടി വരും അല്ലെ ൂലില്ലാത്തമുണ്ട് ഇല്ല അതുപോലെ ചൈതന്യം ഇല്ലാത്ത ചൈതന്യം മൈനസ് ജഗത്ത് എന്ന് പറഞ്ഞ ജഗത്തില്ല ചൈതന്യം തന്നെ ജഗത്ത് അതുകൊണ്ട് ഈ ജഗത്ത് ഭഗവാന്റെ വിഗ്രഹമാണ് ഭാഗവതത്തിൽ ദ്വിതീയസ്കന്ധം ആരംഭിക്കുമ്പോൾ ശുഖബ്രഹ്മ മഹർഷി പ്രപഞ്ചത്തിനെ മുഴുവൻ നാരായണന്റെ ശരീരമായി വർണ്ണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഇത് മുഴുവൻ ഭഗവത് സ്വരൂപം ബിംബം ഏതരാചരം ഭഗവാന്റെ ബിംബം ഏതാണെന്ന് വെച്ചാൽ അമ്പലത്തിലുള്ളത് നമുക്ക് ഉപാസനയ്ക്ക് അതിനേക്കാളും ഉജ്ജ്വലമായ ഒരു ബിംബം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു വിരാട് സ്വരൂപമായ ജഗത് ബിംബമേത ചരാചരം ഈ ചരവും അചരവും ബിംബമാണ് അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു ഇതം സർവം ഏന തത്തം ഈ ജഗത്ത് മുഴുവൻ ഏതൊന്നുകൊണ്ട് ഓരോ ഇഞ്ചിലും വ്യാപിച്ചിരിക്കുന്നു അത് സാക്ഷാത്കാരം ഉണ്ടായവർക്ക് അതല്ലാതെ ഒന്നും കാണാൻ വയ്യ സാക്ഷാത്കാരമില്ലാത്തവർക്ക് അതിനെ കാണാൻ വയ്യ ഒരാൾക്ക് സ്വർണം എന്താണെന്ന് അറിയില്ല അയാളുടെ അടുത്ത് വള മാല മോതിരം കിരീടം ഒക്കെ കാണിച്ചു കൊടുത്തു അയാൾ ചോദിക്കുന്നു ഇതെന്താ ഇത് വള ശരി ഇതെന്താ ഇത് മാല ഇതെന്താ ഇത് കിരീടം ഇതെന്താ ഇത് കങ്കണം ഓരോന്നായി കാണിച്ചു കൊടുത്തു എന്നിട്ട് അവസാനം അയാൾ ചോദിക്കുക സ്വർണം എവിടെ സ്വർണ്ണമെവിടെ ഇത് വള ഇത് മാല ഇത് മോ ഇപ്പൊ ഇയാൾക്ക് സ്വർണം എന്താണെന്ന് അറിയാത്തിടത്തോളം അയാൾ സ്വർണത്തിനെ കാണുന്നില്ല സ്വർണത്തിനെയാണ് കാണുന്നതെങ്കിലും സ്വർണത്തിനെ കാണുന്നില്ല ഇതൊക്കെ ഏകദേശ ഉദാഹരണങ്ങളാണോട്ടോ ഇതിനെ ഒന്നും പാരമാർത്ഥികത്തിൽ യോജിപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെ ഏകദേശ എക്സാമ്പിളാണ് അനുഭൂതി ഹൃദയത്തിൽ ഏർപ്പെടുമ്പോ ഉള്ളിൽ ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞു വരുമ്പോ പുറമേക്ക് മുഴുവൻ അത് കാണും തായ്മാനവ സ്വാമികളടുത്ത് പറയുന്നു തന്മയമായി നിറ നിലമായി എല്ലാം നികഴും പരാപരമേ തന്മയമായി നിറ നില താനേ താൻ ആകി നിറമയമായി എല്ലാം നികഴും പരാപരമേ തന്റെ ഹൃദയത്തിൽ താൻ നിറഞ്ഞു നിന്നാൽ കാണുന്നിടത്തൊക്കെ ഈശ്വരമയം എന്നുവെച്ചാൽ ഈശ്വരനാണ് ഉള്ളിലുമുള്ള സ്റ്റഫം അതിൽ നിലച്ചവ പുറത്തേക്ക് മുഴുവൻ അതാണ് എന്നിട്ട് അതെങ്ങനെ നിറഞ്ഞിരിക്കണു എന്നുവെച്ചാൽ പാക്കും ഇടം എങ്കും ഒരു നീക്കം അര നിറൈകിണ്ട പരിപൂർണ ആനന്ദമേ പാക്കും ഇടം എങ്കും എവിടെ നോക്കിയാലും എവിടെ ദൃഷ്ടി വീണാലും ഒരു നീക്കം അര എന്നുവെച്ചാൽ ഒന്ന് ചലിപ്പിക്കാൻ ഒരു സ്പേസ് വേണ്ടേ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ചലിക്കാൻ അതില്ല ഒരു നീക്കം അര നിറൈകിണ്ട പരിപൂർണ ആനന്ദമേ ആ പരിപൂർണ ആനന്ദ വസ്തു തഥം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു അവിനാശി തു തദ്വിദ്യ അത് വിനാശമില്ലാത്തതാണ് അതിന് നശിക്കാൻ പറ്റില്ല ഉണ്ടാവാ ഏത് ജനിച്ചുവോ അത് നശിക്കും ഇത് ജനനവും നാശവും ഇല്ലാത്ത വസ്തുവാണ് സകല നാശവും ജനനവും ഒക്കെ അതിലാണ് സംഭവിക്കുന്നത് അതിന് നാശമൊന്നുമില്ല അവിനാശി തു തദ്വിദ്യ സർവമിതം തഥം ഈ ജഗത്ത് മുഴുവൻ ഏതിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ ഹേ അർജുന അവിനാശിയായ തത്വം എന്നറിയൂ വിനാശം അവ്യയസ് അസ്യത്തുമർഹതി അവ്യയം എന്ന് വെച്ചാൽ വ്യയം എന്ന് വെച്ചാൽ തീർന്നുപോണത് അല്പം നർത്ഥം അവ്യയം എന്ന് വെച്ചാൽ തീർന്നു പോവാത്തത് അനന്തം എന്നർത്ഥം അത് തീർന്നു പോവുകയേയില്ല അതിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്തുകൊണ്ട് നശിപ്പിക്കും എവിടെ നശിപ്പിക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ ഒന്നും യാതൊന്നും അതിനെ ചെയ്യാൻ പറ്റില്ല വിനാശം അവ്യസ്യ അസ്യത്ത് കർത്തുമർഹതി ആരും ചെയ്യില്ല ഞാൻ ചെയ്യുന്നു പറഞ്ഞ ഒരാൾ പൊന്തി അല്ല ചെയ്യണവനും ഇത് തന്നെ ഈ ബ്രഹ്മം തന്നെയാണ് അയാൾ എവിടെ നശിപ്പിക്കും നശിപ്പിക്കുന്നവൻ നശിക്കപ്പെടുന്ന വസ്തു എന്ന് രണ്ടേ അവിടെ ഇല്ല അതുകൊണ്ട് അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പാരമാർത്ഥികത്തിനെ പറഞ്ഞു പാരമാർത്ഥിക ദശയിൽ ഇവിടെ ഒന്നും ജനിക്കുന്നില്ല ഒന്നും നശിക്കുന്നില്ല ഇതാണ് വൈശാരദീ ബുദ്ധി എന്ന് ഭാഗവതത്തിലും ഗൗഡപാദകാരികയിലും ഒക്കെ വരും വൈശാരഥീ ബുദ്ധി വൈശാരദ്യം തുസ്തി ഭേദ വിചരതാം സദാ ഗൗഡപാദാചാര്യർ പറഞ്ഞു എല്ലാം വേറെ വേറെ അനേക വസ്തുക്കളുണ്ട് എന്ന് കരുതുന്നവർക്ക് ബുദ്ധിയില് ഈ വിശാരദ ഭാവം വരില്ല തെളിഞ്ഞ ഭാവം നിറഞ്ഞ ഭാവം വരില്ല ആര് ഈ ജനനമരണശൂന്യമായ തത്വത്തിനെ അറിഞ്ഞിരിക്കുന്നു ഇവിടെ ഒന്നും സംഭവിക്കണില്ല ഒരു മഹാത്മാവ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും അദ്ദേഹത്തിനെ കാണാൻ ഒരു പത്തുപേരായിട്ട് പോയി പോയപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളാരും വന്നിട്ടില്ല ഇവിടെ ഒന്നും സംഭവിക്കണില്ല എല്ലാവരും പുറപ്പെടാമെന്ന് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ ഇതാപ്പൊ പുറപ്പെടുന്നു പക്ഷെ നിങ്ങൾ എവിടെയും പോവാൻ പോകണില്ല ഒന്നും ആരും വന്നിട്ടൂല്ല പോണൂല്ല ഇതെന്തിനാറിയും ഇങ്ങനെ പറയണത് ഒരു വികാരവും ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ വരുമ്പോ സന്തോഷം പോകുമ്പോ ദുഃഖമൊക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും സംഭവിക്കണില്ല എന്നുള്ള സത്യം അറിഞ്ഞാൽ അതൊന്നുകൊണ്ട് മനസ്സ് ചലിക്കില്ല ഒരേ സ്ഥിതിയിൽ നിൽക്കും അപ്പോ അവ്യയമാണ് ആ തത്വം ആ അവ്യയ തത്വത്തിന് ഏറ്റക്കുറവുകളൊന്നുമില്ല അതിൽ തളർച്ചയും വളർച്ചയും ഒന്നുമില്ല ആര് ഈ അവ്യയ തത്വത്തിനെ അറിയുന്നു അവനും അവ്യയനായിട്ട് തീരും ഇപ്പൊ നമ്മൾ ശാരീരിക തലത്തിൽ നിൽക്കുമ്പോൾ ഫിസിക്കൽ എനർജി ക്ഷീണിച്ചു പോവും കുറെ പ്രവർത്തിച്ചാൽ തളർന്നു പോവും ഉറങ്ങും അല്ലെ അതേപോലെ മാനസികമായ എനർജിയും കുറെ ഉപയോഗിച്ചാൽ തളർന്നു ഇതിനൊക്കെ വ്യയമുണ്ട് യോഗസാധനകൾ കൊണ്ട് നേടുന്നതാണ് ബ്രഹ്മവർച്ചസ് അതും പ്രാണശക്തിയെ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രഹ്മവർച്ചസ് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഒരു ആനന്ദം ഒരു സന്തോഷം ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് എവിടെ ഉണ്ടോ അവിടെ മനസ്സുണ്ടോ അതും തളർന്നു പോവും അതും വന്നിട്ട് പോകും ഒരു എക്സ്ട്രെസ് ഈ കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ വരും അതും തളർന്നു പോവും പക്ഷേ ജ്ഞാനികളുടെ മൂലസ്ഥിതി സ്വരൂപസ്ഥിതി അവിടെ വളർച്ചയും തളർച്ചയും ഒന്നുമില്ല സദാ ഒരേ എനർജിയുടെ മുഴുവൻ സോഴ്സിലാണ് അവരിരിക്കുന്നത് ഊർജത്തിന്റെ മുഴുവൻ സോഴ്സിൽ അവിടെ വ്യയമൊന്നുമില്ല കാരണം അവർ പോകുന്നുമില്ല വരുന്നു ജനിക്കുന്നുമില്ല വളരുന്നുമില്ല പൂർണ്ണതയിൽ നിൽക്കുക സർവത്ര ആ ഒരു സത്യത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അപ്പോ ആ അവ്യയത്തിന് നാശമേ ഇല്ല അതിന് ജനനവും അതുകൊണ്ടാണ് ബുദ്ധൻ തിരിച്ചു വന്നപ്പോ ബുദ്ധനായിട്ട് വന്നപ്പോ സിദ്ധാർത്ഥൻ ഭാര്യയെ കണ്ടു പിന്നെ യശോധരയെ കാണുമ്പോ യശോധര ചോദിച്ചു അങ്ങെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയല്ലോ എന്നിട്ട് അങ്ങയ്ക്ക് എന്ത് മാറ്റമാണ് വന്നത് ചോദിച്ചു അപ്പൊ ബുദ്ധൻ പറഞ്ഞു അത്രേ എനിക്ക് ഒരു മാറ്റവും വന്നില്ല ഇതറിയാനായിട്ടാണ് ഞാൻ പോയത് ഏതെങ്കിലും മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചു ഞാന് പക്ഷെ ഒരു മാറ്റവും വരാനില്ല എന്നുള്ളത് ഞാൻ കണ്ടെത്തിയെന്നാണ് എന്നുവെച്ചാൽ സ്വരൂപത്തിൽ മാറ്റമൊന്നും വരാനില്ല മാറുന്നത് മാറിക്കൊണ്ടേയിരിക്കും ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം സുഷുപ്തിയിലുള്ള മറ അതടക്കം മാറും ഇന്നലെ പറഞ്ഞുവല്ലോ ഇതൊന്നും ഞാനല്ല അതിനെ ഒന്നും ഒന്നും ചെയ്യാനും പറ്റില്ല അതൊക്കെ പ്രകൃതി ഞാനോ മാറ്റമില്ലാത്ത വസ്തുവാണ് ഇത് അറിയേണ്ടി വന്നു അത്രയുള്ളൂ അറിയാനായിട്ട് വിട്ടിട്ട് പോയി പക്ഷേ ഒന്നും മാറ്റം വരാനോ ോ കുറയാനോ കൂടാനോ ഒന്നുമില്ല പൂർണ്ണമാണ് ആ സത്യസാക്ഷാത്കാരം ഇത് പാരമാർത്ഥിക സ്ഥിതി ഇനി വ്യാവഹാരിക സ്ഥിതിയിലേക്ക് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു ശരീരത്തിനെ കുറിച്ച് പറയുന്നു ഇപ്പൊ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു അത് സർവത്ര വ്യാപിച്ചു നിൽക്കണു അതിന് നാശമില്ല അത് പൂർണമാണ് അതിന് വ്യയമില്ല എന്ന് പറഞ്ഞു ഇനി വ്യാവഹാരിക ദശയിൽ വന്ന് ശരീരത്തിനെ കുറിച്ച് പറയാണ് നോക്കാം അടുത്ത ശ്ലോകം അന്തവന്ത ഇമേ ദേ നിോക്ത ശരീരിണ അനശിന് അപ്രമേയ തസ് इमे देहा नित्यस्योक्ता നിോക്ത अनाशिनो അനശിന് അപ്രമേയ തസ് യുദ്ധസ്വഭാരത മുമ്പിലത്തെ ശ്ലോകം അവിനാശി എന്ന് തുടങ്ങി ഈ ശ്ലോകം അന്തവന്ത എന്ന് തുടങ്ങി രണ്ടും ഓപ്പോസിറ്റാണ് അവിനാശി എന്ന് വെച്ചാൽ നാശമില്ലാത്തത് അന്തവന്ത എന്ന് വെച്ചാൽ നശിക്കുന്നത് അവസാനിക്കുന്നത് എന്നർത്ഥം ഏതിനെയാ അവിനാശി എന്ന് പറഞ്ഞത് അഹത്തിനെ അവിനാശി എന്ന് പറയുന്നു ഇപ്പൊ ഏതിനെയാ അന്തവന്തം എന്ന് പറയുന്നത് ഇതത്തിനെ അന്തവന്തം എന്ന് പറയുന്നു അഹം അവിനാശി ഇതം അന്തവന്തം ഇതം എന്ന് വെച്ചാൽ സുഷുപ്തിയിലെ തമസ് മുതൽ ജഡശരീരം വരെ ഉള്ളത് എല്ലാം ഇതം പദാ വാച്യം ഈശാവാസ്യോപനിഷത്തില് ഈശാവാസ്യം ഇതം എന്നുള്ള സ്ഥലത്തോ മറ്റോ ശങ്കരാചാര്യസ്വാമികൾ അവ്യക്താത് ദേഹപര്യന്തം ഇതം അനാത്മാ അവ്യക്തം മുതൽ ആ സുഷുപ്തിയിലുള്ള ഇരുട്ട് മുതൽ ജഡശരീരം വരെ എല്ലാം ഇതംപദം ഇതൊക്കെ ദൃശ്യമാണ് ഇതൊക്കെ ഞാൻ കാണുന്നു സുഷുപ്തിയിലെ ഇരുട്ടുപോലും സൂക്ഷ്മ ദശയിൽ ദർശന ദൃഗ്ദൃശ്യഭേദം അല്പമുള്ള പോലെ തോന്നും ഇരുട്ടിലും മറന്നു കിടക്കുന്ന പോലെ സുഷുപ്തിയിലെ ഇരുട്ട് പോലും തമോമയമായ ഒരു മണ്ഡലമാണ് അവിടുന്ന് തുടങ്ങി ജഡമായ ഈ ദേഹം വരെ എല്ലാം ഇതംപതവാച്യം അതൊക്കെ അന്തവന്ത ഇമേ ദേഹാഹ ഈ ദേഹങ്ങൾ ഈ ശരീരം അതേപോലെ സൂക്ഷ്മ കാരണശരീരം എല്ലാം അവസാനിച്ചു പോവും സൂക്ഷ്മശരീരം മോക്ഷത്തിൽ അവസാനിക്കും കാരണശരീരവും മോക്ഷത്തിൽ അവസാനിക്കും സ്ഥൂല ശരീരം ഓരോ ജനനത്തിലും അവസാനിക്കും ശരിക്കും പറഞ്ഞാൽ ഓരോ ക്ഷണത്തിലും അവസാനിച്ചു സ്ഥൂല ശരീരം അല്ലേ ഭരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ നമ്മള് ശൈശവത്തിലെ ശരീരം കൗമാരത്തിൽ പോയി പോകുന്നു കൗമാരത്തിലെ ശരീരം യൗവനത്തിൽ പോയി പോകുന്നു യൗവനത്തിലെ ശരീരം വാർദ്ധക്യത്തിൽ മറഞ്ഞു പോകുന്നു വാർധക്യത്തിലെ ശരീരം അവസാനം തീയിലും മറിഞ്ഞു പോകുന്നു എല്ലാം അന്ത ഇമേദേഹാഹ ഇതെന്തിനാ പറയണത് ആ ദേഹത്തിനോട് വൈരാഗ്യം വരാ അധ്യാത്മജ്ഞാനത്തിന് ഏറ്റവും പ്രധാനമാണ് വൈരാഗ്യം നമ്മളുടെ സാധനയിൽ നമുക്ക് മുഖ്യമായി വേണ്ടത് വൈരാഗ്യമാണ് ഇന്നത്തെ സ്പിരിച്വൽ ഫീൽഡിൽ ഏറ്റവും കുറവായിട്ടുള്ള ഒരു ക്വാളിറ്റിയും അതാണ് അപ്പോൾ നമുക്ക് വൈരാഗ്യം എല്ലാം നമുക്ക് വളരെ പോഷമായിട്ടാണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി പോലും കിട്ടുന്നത് വൈരാഗ്യം ഒന്നും ഉണ്ടാവാൻ ശരീരത്തിനോട് ശരീരം ഞാനല്ല എന്ന് അറിഞ്ഞ് സ്വരൂപത്തില് രമിക്കാനായിട്ട് വൈരാഗ്യത്തിനായി ഭഗവാൻ പറഞ്ഞു ഈ ദേഹം അന്തമന്ത പക്ഷെ ഈ ദേഹം ആരുടെയാണ് നിത്യസ് ഉക്ത ശരീരിണ ശരീരീടെയാണ് ശരീരം ശരീരി ഭഗവാനാണ് അറിഞ്ഞാലേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ വലിയ അനുഗ്രഹമായിട്ട് തരും ദേഹം ഞാനല്ല ദേഹം എന്റെ അല്ല ദേഹം എനിക്ക് വേണ്ടിയല്ല ഈ ഞാൻ എന്നുള്ളത് തന്നെ എടുത്തു മാറ്റിയിട്ട് യഥാർത്ഥ ഞാനിന്റെ സ്ഥാനത്ത് ഈശ്വരൻ എന്ന് കരുതിയാൽ ഭക്തിമാർഗത്തിൽ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭിധീയത ക്ഷേത്രജ്ഞം ചാപ്പി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പൊ ക്ഷേത്രജ്ഞൻ ഭഗവാനായതുകൊണ്ട് ഈ ശരീരം ഭഗവാന്റെ ഈ ശരീരം ഭഗവാനു വേണ്ടി ഈ ശരീരം ഭഗവാന്റെ ഉപകരണം ധരിച്ചാൽ ശരീരത്തിനോടുള്ള മമത്തെ ഒക്കെ അറ്റുപോകും ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം രാമകൃഷ്ണ പരമവംസർ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ യന്ത്രം അമ്മ യന് ഞാൻ ദാസൻ അമ്മ യജമാനൻ ഞാൻ ഭക്തൻ അമ്മ ഭഗവാൻ അമ്മ എങ്ങനെ നിയന്ത്രിക്കണോ അതുപോലെ ഞാൻ ചലിക്കുന്നു അമ്മ പറയിപ്പിക്കുന്ന പോലെ ഞാൻ പറയുന്നു അമ്മ ചിന്തിപ്പിക്കണ പോലെ ഞാൻ ചിന്തിക്കുന്നു എനിക്ക് യാതോരു സ്വാതന്ത്ര്യവും ഇല്ല ഇതാണ് എന്റെ സ്വാതന്ത്ര്യം ഇതറിഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രനായി ഈ അഹങ്കാരത്തിന്റെ സ്വാതന്ത്ര്യം അതിൽ അസ്തമിക്കുന്നു ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് തീരുന്നു ജീവൻ അപ്പോ നിത്യോക്ത ശരീരിണ ശരീരിയായ ഭഗവാന്റെ ആണ് ഈ ശരീരം ഈ ശരീരമോ ആ ശരീരി എങ്ങനെയുള്ള ആളാണ് അനാശിനാശമില്ലാത്തവനാണ് അപ്രമേയസ് അളക്കാൻ പറ്റാത്തവനാണ് അവന്റെ ശക്തിയില് വിശ്വാസമുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും നമുക്ക് മനുഷ്യരാശി മുഴുവൻ നശിച്ചു പോണത് ഈശ്വരനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് എല്ലാവരും പറയും ഈശ്വരൻ ആരാ ഹൃദ്ദേശയെ അർജുന തിഷ്ടീശ്വരൻ നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ഹൃദയത്തിൽ സദാ നിയന്താവായിട്ടിരിക്കുന്നു നമുക്ക് വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്യും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ ബുദ്ധിയിൽ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ മനുഷ്യന്റെ തന്നെ ജീവിതത്തിന് നോക്കുക പക്ഷികളോ മൃഗങ്ങളോ ഒന്നും നാളത്തേക്ക് വേണ്ടി ചേർത്തി വെക്കണില്ല യാതൊന്നിനെ കൊണ്ടും വിഷമിക്കണില്ല അവരും ജീവിക്കണം പക്ഷെ നമ്മള് ഹൃദയത്തിലുള്ള ആ സർവനിയന്താവിനെ സർവജ്ഞനും സർവവിത്തുമായിട്ടുള്ള ആ ശക്തിയെ വിശ്വസിക്കാതെ പുറമേക്കുള്ള പവറിനെ ഒക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കും ഇതുകൊണ്ടാണ് സകല ദുഃഖവും അവൻ അപ്രമേയനാണ് പ്രമേയം എന്ന് വെച്ചാൽ അളക്കാവുന്നത് അവൻ അളക്കാൻ പറ്റാത്ത അറിവിന്റെ ഖനിയും ശക്തിയുടെ ഖനിയുമാണ് യെസ് സർവജ്ഞ സർവവിദ് മഹിമാ ഭുവി എസ് യ ജ്ഞാനമയം തമഹ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്ന ആ ആത്മാ ആത്മാ തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ രക്ഷിക്കും എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞപ്പോ രമണ മഹർഷി പറഞ്ഞു ഡു നോട്ട് ഡെലൂഡ് യുവർ ബൈ തിങ്കിങ് അബൌട്ട് എ ഗോഡ് ഔട്ട് സൈഡ് നിങ്ങളുടെ ഹൃദയസ്ഥാനത്തിൽ ഏതൊരു ബോധമുണ്ടോ അവിടെ തന്നെ ഈശ്വരനെയും അനുഭവിക്കണം നമ്മളുടെ ഉള്ളിൽ നിയന്ത്രിക്കണം ആചാര്യ ലക്ഷ്മണ ശർമ്മ നാച്ചുറോപ്പതിയുടെ ഫാദർ ഓഫ് നാച്ചുറോപ്പതിന്ന് ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ആചാര്യ ലക്ഷ്മണ ശർമ്മ അദ്ദേഹത്തിന്റെ നാച്ചുറോപ്പതിയില് അദ്ദേഹത്തിനെ അറിയുന്നവര് അദ്ദേഹത്തിന്റെ മറ്റേ ചരിത്രം അറിയില്ല അദ്ദേഹത്തിന്റെ മറ്റേ ചരിത്രം അറിയുന്ന പലരും അദ്ദേഹത്തിന്റെ നാച്ചുറോപ്പതി അറിയില്ല അദ്ദേഹം രമണ മഹർഷിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മുരുകനാർ സ്വാമികൾ ആചാര്യ ലക്ഷ്മണ ശർമ്മ കാവ്യകണ്ഠ ഗണപതി മുനി ഇവരൊക്കെ പാർശ്വതന്മാരിൽ പെട്ടവരായിരുന്നു ആചാര്യ ലക്ഷ്മണ ശർമാവിനെ തമിഴില് യാർ എന്നു പേരിലേ അറിയുള്ളൂ നമ്മുടെ ആശ്രമത്തിൽ ഇംഗ്ലീഷില് ഹൂ എന്നാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ മഹർഷിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു പേരെഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ആരോ ചോദിച്ചു എന്താ പേരെഴുതാത്തതെന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ആരാ എഴുതിയത് ചോദിച്ചു അത്രേ മഹർഷി എഴുതിയ ആൾ ആര് എന്ന് ചോദിച്ചത്രേ അതുകൊണ്ട് ആ പുസ്തകത്തിലൊക്കെ ഹു എന്നേ പേരിട്ടുള്ളൂ യാർ എന്നേ പേരിട്ടിട്ടുള്ളൂ ആചാര്യ ലക്ഷ്മണ ശർമാവിന്റെ പ്രസിദ്ധമായ ബുക്കാണ് നാച്ചുറൽ ലൈഫ് ആ നാച്ചുറൽ ലൈഫില് വളരെയധികം ഭാഗങ്ങൾ അദ്ദേഹം ഈ ഹൃദയത്തിലുള്ള ഈശ്വരചേതനയുടെ സർവശക്തിത്വം അപ്രമേയമായ ആ വൈഭവത്തിനെ പറഞ്ഞുകൊണ്ട് പറയുന്നു അതിനെ വിശ്വസിച്ചാൽ തന്നെ സകലവ്യാധികളും ഗുണമാകും മനുഷ്യനെ ഒഴിച്ചുള്ള സകല പ്രാണികളും അതിനെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് ഇൻഫാക്ട് വിശ്വാസം എന്ന് പറഞ്ഞു മാനസികമായൊരു വികാരമല്ല നാച്ചുറൽ ആയിട്ട് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിന് ഓപ്പോസിറ്റ് ഒരു വീട്ടില് ഒരു എരുമ എരുമയ്ക്ക് സുഖക്കേട് പിടിച്ചിരിക്കുക അപ്പൊ വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നു ദിവസം ചികിത്സിക്കുന്നു ഇഞ്ചക്ഷൻ വെക്കുന്നു മരുന്ന് കൊടുക്കുന്നു എരുമ വീക്കായി കൊണ്ടേ അവസാനം ആ ഡോക്ടർ എഴുതി കൊടുത്തു ഇനി ഈ എരുമ ജീവിക്കല് ആ എരുമ ചത്തുപോകും എന്ന് ഡോക്ടർ എഴുതി കൊടുത്തു ഇത്രയുമായപ്പോൾ ലക്ഷ്മണ ശർമ്മ പോയിട്ട് പറഞ്ഞു ഇനി ഞാൻ പറയണതൊന്ന് കേൾക്കൂ ഏതായാലും അദ്ദേഹം ചത്തുപോകും എന്ന് നിങ്ങൾക്ക് എഴുതി തന്നുവല്ലോ ഇനി ഞാൻ പറയണതൊന്ന് കേൾക്കുമോ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ശരി എന്താ പറയൂ ആ എരുമയെ ഒന്ന് അഴിച്ചുവിടുക എന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ ആ എരുമയെ ഒന്ന് കെട്ടഴിച്ചു വിടൂ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവർ എരുമയെ കെട്ടഴിച്ചു വിട്ടു കെട്ടഴിച്ചു വിട്ടപ്പോ എരുമ പതുക്കെ തൊഴുത്ത് നിന്ന് എഴുന്നേറ്റു വെളിയിൽ നടന്നു എന്തൊക്കെയോ പുല്ലോ ചെടിയോ എന്തൊക്കെയോ കടിച്ചു വെയിലത്ത് പോയി രണ്ട് ദിവസം ഒന്നും കഴിക്കാതെ കടന്നു വെയിലും കൊണ്ട് കടന്നു മൂന്നാമത്തെ ദിവസം അത് പതുക്കെ എഴുന്നേറ്റ് ഇത്തിരി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പുല്ല് തിന്നാൻ തുടങ്ങി നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരുമാതിരി റിക്കവറായി വന്ന് വെക്കോല് തിന്നു പെണ്ണാക്കും മറ്റുമൊക്കെ തിന്നാൻ തുടങ്ങി എരുമയ്ക്ക് ബലം വെച്ച് വന്നു അപ്പൊ പറയ അദ്ദേഹം പറയാണ് നമ്മളുടെ ബുദ്ധി എവിടെ കിടക്കണു ഒരിക്കലും ഇൻഫാലിബിൾ ആയിട്ടുള്ള ആ ഹൃദയത്തിലുള്ള ഗൈഡ് എവിടെ കിടക്കണു അദ്ദേഹത്തിന്റെ അപ്രമേയമായ ശക്തി എവിടെ കിടക്കും ആ അപ്രമേയന്റെ ആണ് ഈ ശരീരം അയാളുടെ സ്വത്താണ് ഈ ശരീരം അയാൾക്കറിയാം ഇതിനെ എങ്ങനെ ചികിത്സിക്കണം പക്ഷെ നമുക്ക് വിശ്വാസമില്ല ആ ശക്തിയിൽ വിശ്വാസമില്ലാത്തത് ഇത്രയധികം ഡെവലപ്മെന്റ്സ് എന്ന് നമ്മൾ പറയണ മായ ഉണ്ടായിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ എന്താ പറയാ പഴഞ്ചനായി പോവും ഭഗവത്ഗീതയും ഉപനിഷത്തുമൊക്കെ പറയണവർ ഇപ്പോ മോഡേൺ വേൾഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത് ആസ്പത്രി വേണം സ്കൂൾ വേണം എന്നാലേ പേരും പുകഴുമൊക്കെ കിട്ടുകയുള്ളൂ ആർക്കും എതിരല്ല നമ്മൾ പക്ഷെ പറയണത് മുഴുവൻ തെറ്റിപ്പോയിരിക്കുന്നു എവിടെയോ കണക്ക് തെറ്റിപ്പോയിരിക്കണോ പഴച്ചു പോയിരിക്കുന്നു നമുക്ക് എവിടെയോ തെറ്റിപ്പോയിരിക്കണം തെറ്റിപ്പോയത് എവിടെയാണ് അപ്രമേയമായ ആ ശക്തിയെ നമ്മൾ വേർഡ് അതിന്റെ വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുന്നു പക്ഷെ അയാളെ എവിടെയോ പ്രതിഷ്ഠിച്ചതുകൊണ്ട് നമുക്ക് അയാളുടെ മഹിമ അറിയണില്ല നമ്മളുടെ ഉള്ളിൽ കിടക്കണോ അയാൾ അത്ഭുതമായി രോഗങ്ങൾ പലപ്പോഴും ഭഗവാനെ ആശ്രയിച്ചവർക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ അത് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചതുകൊണ്ട് ഗുരുവായൂർ പോയപ്പോ മാറി എന്ന് പറയും ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ ഒന്നുമല്ല നമ്മൾ പ്രകൃതിയെ പ്രകൃതി എന്ന് വെച്ചാൽ ഒരേ അടിക്ക് ഉടനെ ഇനിയിപ്പൊ നാളെ മുതൽ പച്ചക്കറി മാത്രം തിന്നണമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോ ഉടനെ പ്രകൃതി ജീവനം എന്ന് അങ്ങോട്ടേക്ക് പോകും അതിന് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് പറ്റില്ലെങ്കിൽ പ്രകൃതി ജീവനത്തിനെ കുറിച്ചല്ല ഞാൻ പറയണത് പ്രകൃതിക്ക് മുഴുവൻ നിയന്തമായ അപ്രമേയമായ ഒരു ശക്തി ഉള്ളിൽ കിടക്കണം ആ ശക്തിയുടെയാണ് ഈ ശരീരം എന്ന് ഭഗവാൻ പറയണു ഈ ശരീരം നിന്റെ അല്ല നിന്റെ എന്നുള്ളത് കൊണ്ട് അഹങ്കാരത്തിന്റെ അല്ല ഈ ശരീരം മനസ്സിലായോ ഈ ശരീരം വ്യക്തിബോധത്തിന്റെ സ്വത്തല്ല അതുകൊണ്ടാണ് ഈ വ്യക്തിബോധം എന്തൊക്കെ ടെക്നിക്കുകൾ കണ്ടുപിടിച്ചാലും ഈ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അഹങ്കാരത്തിന്റെ സ്വത്തല്ല ഈ ശരീരം പിന്നെയോ അനാശയും അപ്രമേയവുമായ ചൈതന്യത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് ഈ ശരീരം എന്നറിഞ്ഞാൽ ആ ചൈതന്യത്തിന് എങ്ങനെ വേണമെങ്കിലും ഈ ശരീരത്തിനെ ഉപയോഗിക്കാം ഈ ശരീരം അതിന്റെ കയ്യിലാണ് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഇപ്പൊ അർജുനനോട് എന്താ പറയുന്നത് തസ്മാ അതുകൊണ്ട് അർജുന ഈ ശരീരം നിന്റെ അല്ല നീ ഈഗോ അഹങ്കാരം ഇപ്പൊ വർത്തമാനം പറയണ ആളോ ഈശ്വരൻ ഇവിടെ കൃഷ്ണൻ വ്യക്തിയല്ല ഈ ശരീര എന്റെ ആള് അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ആ ശരീരത്തിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു തസ്മാതു യുദ്ധ സ്വഭാരത യു ഹാവ് നോ റൈറ്റ് ഒരിടത്ത് Ramana Mahasri says, <laughs> you have no right to renounce or retain. Your choice is bondage to you. If you don't have a good person, you can't do anything. If you don't have a good person, you can't do anything. You can't do anything. If you don't have a good person, you can't do anything. അതിന്റെ കുറുക്കെന്തിനു വരണു നടുവിലെന്തിനു കയറി വരണു അപ്പൊ തസ്മാത് യുദ്ധസ്വഭാരത ഹേ ഭാരത ജഡമായ ശരീരം ചൈതന്യത്തിന്റെ ഇൻസ്ട്രുമെന്റാണെന്ന് അറിഞ്ഞ് സ്വാതന്ത്ര്യത്തോടുകൂടെ യുദ്ധം ചെയ്യാം ജഡശരീരം ജനിക്കും മരിക്കും അതിനെ മരിക്കാതെ ആർക്കും വെച്ചുകൊണ്ടിരിക്കാനൊന്നും ഇവിടെ പറ്റില്ല ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുവായ സ്വാമി തപോവനം അദ്ദേഹത്തിന് അവസാന കാലത്ത് കുറച്ച് സുഖമില്ലാതായപ്പോ ചിന്മയാനന്ദ സ്വാമിയും മറ്റ് ശിഷ്യന്മാരും ഒക്കെ കൂടെ ജീപ്പും ഒക്കെ കൊണ്ടുപോയി സ്വാമിയോട് പറഞ്ഞു സ്വാമിജി കയറണം ഞങ്ങൾ ഇപ്പൊ തന്നെ ഫ്ലൈറ്റില് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങെറ്റ് ചെയ്യാൻ ട്രീറ്റ്മെന്റിന് അപ്പൊ സ്വാമിജി ഉടനെ ചോദിച്ച ചോദ്യം എന്താ അമേരിക്കയിൽ ആരും മരിച്ചിട്ടില്ലേ എന്നാണ് അമേരിക്കയിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ അമേരിക്കയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റാണ് അപ്പൊ അമേരിക്കയിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്ര ഇത്രകാലം പരമസുഖമായി ആനന്ദമായി ഹിമവത് വിഭൂതി ആശ്രയിച്ചുകൊണ്ട് ഞാനിവിടെ ആനന്ദമായിട്ടിരുന്നു യമൻ എന്റെ പടിവാതിൽക്കൽ ഇത്ര ദിവസം കാത്തു നിൽക്കുകയായിരുന്നു ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ വിളിച്ച് ഈ ശരീരത്തിനെ ഏൽപ്പിക്കണ്ടേ ഇത്രകാലം എനിക്ക് അതോ ഡിസ്റ്റർബൻസ് ഇല്ലാതെ സൗഖ്യമായി ലോകത്തിൽ ഇറങ്ങി വരാതെ ജീവിക്കാൻ അനുവദിച്ചുവല്ലോ അതിന് കൃതാർത്ഥതയോടുകൂടെ ഈ ശരീരത്തിനെ ഏൽപ്പിക്കണ്ടേ ഇനിയും പിടിച്ചു വെക്കുന്നതിൽ എന്തർത്ഥമാവുള്ളത് അപ്പോ ശരീരം എന്നാണെങ്കിലും നശിക്കും ആർക്കും അതിനെ അങ്ങോട്ട് നശിപ്പിക്കാതെ വയ്ക്കാനൊന്നും പറ്റില്ല തസ്മാത് അതുകൊണ്ട് ഈ ഭഗവാന് ചിലരൊക്കെ ചില വാക്കുകളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വാക്കാണ് തസ്മാത് ഗീതയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തസ്മാസ്വാ തസ്മാത് യോഗീഭവ യോഗയുക്തോ ഭവ അപ്പോ അതാണ് ഭഗവാന്റെ ഒരു വർത്തമാനം പറയുന്ന സ്റ്റൈലാണ് അപ്പോ ഭഗവാൻ പറഞ്ഞു തസ്മാ യുദ്ധസ്വഭാരത അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ് കഠോപനിഷത്തിലെ ഒരു മന്ത്രത്തിനെ അല്പം അംഗിട് ഇങ്ങും മാറ്റിയിട്ട് ഭഗവാൻ പറയണു അടുത്ത ശ്ലോകം യനം വേത്തിഹന്താരം യശ്സൈനം മന്യത്തെഹതം ഉഭൂത്തോ വിജാനീതാ ഹി നം വേത്തി ഹരം യശ്ശൈനം മന്യത്തെ ഹതം േന് മന്യത്തെ ഹതം ഉപനിഷത്തിൽ ഇങ്ങനെ മറ്റോ ആ മന്ത്രം വരും യഹം വേത്തി ഹേനം മന്യത്തെ ഹതം ഉതൊരുത്തൻ ഇപ്പോ പറഞ്ഞ അവിനാശിയായ ഈ ആത്മാവിനെ ഹന്താരം വേത്തി കൊല്ലുന്നവനായിട്ട് കരുതുന്നു ആരാ ഇവിടെ കരുതണത് അർജുനൻ അല്ലേ പേഴ്സണലി ഞാൻ കർത്താവാണ് എന്ന് കരുതുന്നവൻ അതേപോലെ യശ്ചൊരുത്തനാണോ ഏനം വേത്തിഹതം കൊല്ലപ്പെടുന്നതായിട്ട് കരുതും അതായത് ഇവരെയൊക്കെ ഭീഷ്മരദ്രോണർ ഇവരെയൊക്കെ ഞാൻ കൊല്ലണമല്ലോ എന്ന് കരുതും ഹതം ഉപൌതൗ ഇവര് രണ്ടു പേരും നമന്യ ഉപൌ തൗ ഉപൌ അവര് രണ്ടുപേരും തൗ രണ്ടുപേരും എന്ന് വെച്ചാൽ സിംഗുലർ വിജാനീത എന്നുവെച്ചാൽ രണ്ടുപേരും അവർ രണ്ടുപേരും അറിവില്ലാത്തവരാണ് അറിയുന്നില്ല എന്തിനാ അറിയാത്തത് നായും ഹന്തി ഈ ആത്മാവാരയും കൊല്ലുന്നില്ല ഹന്യതെ കൊല്ലപ്പെടുന്നു ചുരുക്കത്തിൽ ഈ ആത്മാ കർത്താവും അല്ല ഭോക്താവും അല്ല എന്നർത്ഥം ഈ ആത്മാറ്റ് നൈതർ എ ഡൂവർ എൻജോയർ അതിന് ഡൂവർഷിപ്പും എൻജോയർഷിപ്പും കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല ആരോപിക്കപ്പെടുന്നതാണ് അപ്പോ യാതൊരുത്തൻ ഈ ആത്മാവ് കൊല്ലുന്നു എന്നും കൊല്ലപ്പെടുന്നു എന്നും കരുതുന്നുവോ അവന് അറിവില്ല എന്നർത്ഥം ഇത് ഒരിക്കലും യാതൊന്നുകൊണ്ടും നശിപ്പിക്കപ്പെടുന്ന വസ്തുവല്ല ഈ ആത്മ നായം ഹന്തി അർജുന ഇവനെ ആർക്കും കൊല്ലാൻ പറ്റില്ല ഈ അയം ആത്മാ നായം ഹന്തി ആരെയും കൊല്ലുന്നില്ല ഹനനം ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഒരു കർമ്മവും ചെയ്യണില്ല എന്നാണ് അതിന്റെ പൊരുൾ അല്ലാതെ ഇവിടെ കൊല്ലൽ ഇവിടെ യുദ്ധമായതുകൊണ്ട് ഭഗവാൻ ഇവിടെ കൊല്ലുക എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നു യഥാർത്ഥത്തില് ഇവിടെ കൊല്ലുക എന്നുള്ളതല്ല ഉദ്ദേശം ആത്മാ കർത്താവോ ഭോക്താവോ അല്ല ഈ രഹസ്യമാണ് അറിയേണ്ടത് നമ്മളുടെ വിഷയത്തില് ഭഗവത്ഗീതയിലത്തെ കാര്യമൊന്നും പോയി നോക്കാൻ പാടില്ല നമ്മൾ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ അല്ല ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ സ്വരൂപം എന്നാൽ ശരീരമോ സകല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കും അത് പ്രകൃതിയാണ് ശരീരത്തിൽ സദാ കർമ്മം നടക്കണു മനസ്സിൽ കർമ്മം നടക്കണു കാരണ ശരീരത്തിലും വാസനാക്ഷയ രൂപത്തിലുള്ള കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സ്വരൂപത്തിലോ ഒരു കർമ്മസ്പർശവും ഇല്ല അവിടെ കർമ്മം എന്ന് വെച്ചാൽ തന്നെ സ്പന്ദനം എന്നാണ് അർത്ഥം ആചാര്യസ്വാമികൾ സൂത്രഭാഷ്യത്തിലൊക്കെ കർമ്മം എന്ന ശബ്ദത്തിന് സ്പന്ദനം എന്നാണ് അർത്ഥം കൊടുക്കുന്നത് ഒരു ചെറിയ സ്പന്ദനമുണ്ടെങ്കിൽ അവിടെ കർമ്മം നടന്നുകഴിഞ്ഞു ഇവിടെ ഒരു കർമ്മവും ഉള്ളിൽ നടക്കണില്ല കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല നായം ഹന്തി ഹന്യത ഇത് അറിയൽ മാത്രമേ ഉള്ളൂ ഇത് രണ്ടു വിധത്തിൽ അറിയും എങ്ങനെ ഒന്ന് ഞാൻ ആര് എന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന് ഇവിടെ സ്ഥാനമേ ഇല്ല എന്നറിയുമ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല എന്നറിയും ഇനിയൊന്ന് ഭഗവാൻ ശരണാഗതി ചെയ്യുമ്പോ ഭഗവാനാണ് സർവവും ചെയ്യണത് എന്നുള്ള ഭാവം സ്വീകരിച്ചാലും ഞാൻ കർത്താവും ഭോക്താവും അല്ലാതെ ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ട് പോകും ഈ രണ്ടു ഭാവമാണ് ഉള്ളത് കർത്തൃത്വനാശമാണ് മുക്തി അല്ലാതെ വേറൊന്നുമല്ല ഞാൻ ചെയ്യണു അത് സമാധി എളുപ്പത്തിൽ സമാധിയെ പറയാം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാതെ ആ ഒരു ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നു വെറുമൊരു യന്ത്രമായിട്ട് അയാൾ സദാസമാധിസ്ഥനാണ് അയാളുടെ വ്യവഹാരം എപ്പോഴും സമാധിയിലാണ് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള ഭാവമുള്ളവൻ എത്ര നേരം ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ ഇരുന്നാലും അത് എഴുന്നേറ്റ് വന്നിട്ട് ഈ കർത്തൃത്വഭോക്തൃത്വ ഭാവം ഉണ്ടെങ്കിൽ അയാളുടെ സമാധി സമാധിയല്ല അപ്പോ ീ ന ഹന്യേ ഇവൻ ഒന്നും ചെയ്യണില്ല കർത്താവോ ഭോക്താവോ അല്ല ഇതൊരിക്ക അറിഞ്ഞാ പോരാ എന്നാണ് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നു നല്ലവണ്ണം ഇന്റലക്ച്വലി ക്ലിയർ ആയാലും അഭി ബലവതീവാസന അനാതിരേഷ കർത്താ ഭോക്താ അഹമിതി ദൃഢയാസ്യ സംസാര എത്ര തന്നെ അറിഞ്ഞാലും പിന്നീ കൊറേ കഴിയുമ്പോ അത്രയൊക്കെ പറഞ്ഞു ആ കർത്തൃത്വ ഭോക്തൃത്വത്തിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പറഞ്ഞൂല്ലേ വന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാൽ അത് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു സന്തോഷം ഭോക്തൃത്വം അപ്പോ ജ്ഞാതേ വസ്തുനി അഭി ഇതറിഞ്ഞാലും നല്ലവണ്ണം വ്യക്തമായി അറിഞ്ഞാലും അതാണ് ീന്നാണ് നൂറ്റിക്കണക്കിന് ഉപനിഷത് വാക്യങ്ങളെ വിചാരം ചെയ്യണവരെ പോലും മോഹിപ്പിച്ചു കളയും അതിങ്ങനെ വീണ്ടും അറിയാതെ കർത്താഭോക്താപി അഹമിതി ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള ഭാവം പൊന്തി വന്നിട്ട് സംസാരഹേതു ദൃഢമായി പൊന്തി വരും അതിനെ എങ്ങനെ ഇല്ലാതാക്കാം പ്രത്യദൃ നിവസതാ സാപനേയാ പ്രയത്നാത് മുക്തിപ്രാഹുസ്തതിഹമുനയോ വാസനാതാനവം യത്ത് വാസനകളെ പൂർണമായി ഒഴിച്ചു മാറ്റുന്നതിനാണ് മുക്തി എന്ന് പറയുന്നത് കർത്തൃത്വഭോക്തൃത്വം നശിക്കണം അതിനെന്താ വീണ്ടും വീണ്ടും പ്രത്യക് ദൃഷ്ടി പ്രത്യക് ദൃഷ്ടി എന്ന് വെച്ചാൽ ഞാൻ ആരാണ് ഞാൻ എവിടുന്ന് ഉദിക്കണു എന്ന് ആരാഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോ ഞാനില്ലാതെ നിൽക്കും ഞാനില്ലാതെ നിൽക്കുന്ന സ്ഥിതിയാണ് സാക്ഷാത്കാര സ്ഥിതി സത്യാസ്ഥിതി നാഹം ഉദേതിയത്ര തോദയ സ്ഥാന ഗവേഷണേന വിനശ്യേത് യതി തന്ന നശ്യേത് സ്വാത്മൈക്യൂപ കഥം അസ്തുഷ്ഠ ഭഗവാൻ നമ്മുടെ മഹർഷി അദ്ഭുതമായ ക്ലാരിറ്റിയോടുകൂടെ സദ്യദർശനത്തിൽ ചോദിക്കുന്നു വേറെ ഒരു ഗ്രന്ഥങ്ങളിലും ഇത്ര ക്ലാരിറ്റി കാണില്ല വ്യക്തമായിട്ട് പറയുന്നു ആത്മസാക്ഷാത്കാര സ്ഥിതി എന്ന് വെച്ചാൽ എന്താണ് തമിഴ് കുറച്ചുകൂടെ മനോഹരം തമിഴ് പറഞ്ഞു നാൻ ഉദിയാതുള്ള നില നാം അതുവായി ഉള്ള നില ഉദിക്കും സ്ഥാനമത നാടാമൽ നാൻ ഉദിയ തന്നിഴപ്പാർവദേവൻ നാൻ ഉതിയാതുള്ള നില ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതി ഉണ്ടല്ലോ അതിൽ നാം അതുവായി ഉള്ളനിലൈ എന്നാണ് എന്റെ അത്ഭുതം നോക്കും വാക്കുകള് ഏ ബ്രഹ്മം ആത്മാവൊക്കെ വിട്ടു എന്നിട്ട് അത് എന്ന് പറഞ്ഞു തത്വമസിന്നുള്ളതിൽ തത് പോലെ അത് ഞാൻ ഉദിക്കാത്ത സ്ഥിതിയിൽ ഞാൻ ഉദിക്കാത്ത സ്ഥിതിയിൽ നമ്മൾ അതുവായിട്ടിരിക്കണു എന്നാണ് നാൻ ഉദിയാതെ ഉള്ളനിലൈ നാം അതുവായി ഉള്ളനിലൈ ആ അതുവായിട്ടുള്ള സ്ഥിതി എങ്ങനെ നേടും to to to approach, probe, look at, ും സ്ഥാനംബ് ശ്രദ്ധിക്കാൻ ഉദിക്കും സ്ഥാനം അതെമൽ നാൻ ഉദിയ തന്നിഴപ്പർവദേവൻ തന്നിഴപ്പ് എന്നാണ് വാക്ക് അതായത് അഹങ്കാരനാശം അഹങ്കാരനാശം ഞാൻ എന്നുള്ള അഹങ്കാരം ഉദിക്കാത്ത കർത്തൃത്വഭോക്തൃത്വം ഉദിക്കാത്ത ആ സ്ഥിതിയെ നേടണമെങ്കിൽ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കണു എന്നുള്ളത് അന്വേഷിച്ചേ പറ്റൂന്നാണ് ശാരാമൽ താൻ അധുവാം തന്നിലയെ ശാർവദേവൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉദിക്കാത്ത ആത്മസ്ഥിതിയെ എങ്ങനെ നേടാൻ പറ്റും ഏ ശരണാഗതി ഇല്ലേ എന്ന് വെച്ച ശരണാഗതി എന്നുള്ളത് ആത്മവിചാരത്തിന് വേറെ ഒരു പേര് അത്രയേ ഉള്ളൂ ശരണാഗതി എന്ന് നമ്മൾ രണ്ടു മാർഗം ഉണ്ടെന്ന് വിചാരിക്കുന്നു വാസ്തവത്തിൽ രണ്ടു മാർഗം ഇല്ല ആത്മവിചാരത്തിൽ എന്ത് ചെയ്യുന്നു വളരെ ജാഗ്രതയായിട്ട് ഈ അഹങ്കാരം എവിടുന്നു ഉദിക്കുന്നു ശുദ്ധമായ ബുദ്ധി കൊണ്ട് ശ്രദ്ധിക്കുന്നു അപ്പൊ അത് ഉദിക്കാതെ നിക്കണു ശരണാഗതിയിലും എന്തു ചെയ്യുന്നു ഭഗവാന്റെ മുമ്പിലോ സദ്ഗുരുവിന്റെ മുമ്പിലോ അഹങ്കാരത്തിനെ ഉദിക്കാതെ നോക്കണു അവിടെയും ഇത് തന്നെ ചെയ്യണത് ആ സന്നിധിയെ കാണുമ്പോയോ അവിടെ നമ്മൾ ഉദിക്കാനേ പാടില്ല ഈ ഞാൻ ഒന്ന് പൊന്താതെ നിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആത്മവിചാരം ചെയ്യണു പക്ഷെ ആ സന്നിധിക്ക് പ്രാബല്യം കൊടുത്തത് കൊണ്ട് അവിടെ ശരണാഗതി എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ആ സ്ത്രത്തിൽ രണ്ടടത്തും ഉള്ളില് നടക്കുന്ന പ്രോസസ് ഒന്നു തന്നെ അപ്പൊ ഈ അഹങ്കാരം ഉദിക്കാതെ നോക്കിയാൽ കർത്താവുമില്ല ഭോക്താവുമില്ല പിന്നെ പ്രവൃത്തിയൊക്കെ എങ്ങനെ എങ്ങനെയോ നടക്കണു എങ്ങനെയോ നടക്കണു എങ്ങനെ നടക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല ജീവൻ മുക്തന്മാരുടെ ഒക്കെ സ്ഥിതി അതാണ് അത്ഭുതമായി അവരുടെ ചുറ്റും പലതും നടക്കും പക്ഷെ അവർക്ക് അറിയണേലില്ല എങ്ങനെയൊക്കെയോ നടക്കണു കാര്യങ്ങൾ ഒന്നാണ് അത്ഭുതമായിട്ട് ആര് ചെയ്യണു പ്രകൃതി ചെയ്യണു അല്ലെങ്കിലും പ്രകൃതി തന്നെയാണ് ചെയ്യണത് പക്ഷെ അജ്ഞാനം കൊണ്ട് ഇയാൾ ഭാരം ചുമക്കണു എപ്പോഴും മഹർഷി പറയണ ഒരു ഉദാഹരണം ട്രെയിനിൽ പോണ ഒരാൾ എ സി കമ്പാർട്ട്മെന്റിൽ കയറി സുഖമായി കിടന്നുറങ്ങിക്കൂടെ കയറിയിട്ട് വലിയൊരു സൂട്ട് കേസിനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അത്രേ എന്താ അത് ചുവട്ടിൽ ഇറക്കി വെച്ചുകൂടെന്ന് വെച്ചാൽ പാവം ട്രെയിൻ ഇത്രയും ചുമക്കണു എന്റെ പെട്ടി ഞാൻ തന്നെ ചുമന്നോളാം അപ്പൊ തലയിൽ വെച്ചാൽ ട്രെയിനിന് വല്ല ഹെൽപ്പും കിട്ടുന്നുണ്ടോ വല്ല സഹായവും കൂടും നമ്മളും കഷ്ടപ്പെടുന്നു ട്രെയിനും കഷ്ടപ്പെടുന്നു ഉള്ളൂ തലയിൽ വെച്ചാലും ചുവട്ടൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത് അപ്പോ എന്താ അക്ബർ ബീർബലിന്റെ അടുത്ത് വിഡ്ഢികളെ തെരഞ്ഞു പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു അത്രേ അപ്പൊ ബീർബൽ ആദ്യമായി കണ്ടുപിടിച്ച വിഡ്ഡി ആരാന്ന് വെച്ചാൽ കഴുതപ്പുറത്ത് ഒരാള് തലയിൽ വിറക് കെട്ടും വെച്ചോണ്ടിരിക്കണം അപ്പൊ അയാളോട് ചോദിച്ചു എന്തിനാപ്പൊ ഈ തലയിൽ വെച്ച് ചുമക്കണേ കഴുതപ്പുറത്ത് വെച്ചുവിടുക എന്ന് ചോദിച്ചപ്പോ അയാൾ പറയണേ എന്റെ കഴുതയ്ക്ക് വയസ്സായി അതുകൊണ്ട് ഞാൻ ചുമക്കുകയാണ് ഇരിക്കും കഴുതപ്പുറത്ത് തലയിൽ അപ്പൊ തന്നെയും ചുമക്കണം വിറക് കെട്ടും ചുമക്കണം അപ്പോ അജ്ഞാനം കൊണ്ട് ജീവൻ താൻ ചെയ്യണു എന്ന് വിചാരിച്ച് വെറുതെ ലോഡ് കയറ്റുകയാണ് അത് ഇറക്കി വെച്ചാലോ സ്വതന്ത്രം അല്ലെ ഈശ്വര സർവ നിയന്ത ഈശ്വരൻ എല്ലാരെയും നിയമിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിഷമിക്കുന്നത് എന്തിനാണ് സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ടിരുന്നുടെ അങ്ങനെ ഇരുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ നടന്നാ നടന്നു ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മൾ അനുഭവിച്ചാലേ അറിയുള്ളൂ അല്ലെങ്കിൽ അറിയില്ല നമുക്ക് നമ്മളുടെ ബുദ്ധി മഹാക്കുഴപ്പമാണ് ഭാഗവതത്തിൽ പറയണു രണ്ടു പേര് ലോകത്തിൽ സുഖമായിരിക്കും ആരാന്ന് വെച്ചാൽ യശമൂഢതമോലോ ഓക്കെ യസ്തു ബുദ്ധേഹേ പരം ഗത ആര് അത്യന്ത മൂഢനോ അവനും സുഖമായിട്ടിരിക്കും ആ ഒരു ബുദ്ധിയെ കടന്നുപോയവനോ അവനും സൗഖ്യമായിട്ടിരിക്കും ക്ലിശ്യതി അന്തരിത്തോ ജന നടുവിലുള്ളവന്റെ കാര്യമൊക്കെ കഷ്ടമാണോന്നാണ് നടുവിലുള്ളവൻ ആത്തുനിന്ന് വിട്ടുവോ അമ്മാട്ട് എത്തിയോ ഇല്ല എന്നുള്ള മട്ടിൽ നടുവിൽ കിടന്ന് വിഷമിക്കും അപ്പോ അട്ടെ ഭഗവാൻ പറയണത് ഇവനെ ഹന്താവാണെന്നും ഹതനാണെന്നും വിചാരിക്കണവൻ അജ്ഞാനം <Sess> ു എന്ന് വിചാരിക്കുന്നവൻ അജ്ഞാനി അതേപോലെ എനിക്ക് ദുഃഖം വന്നു എനിക്ക് സുഖം വന്നു എന്ന് അനുഭവിക്കുന്നു എന്ന് വിചാരിക്കണവനും അജ്ഞാനി ദുഃഖം വന്നു എന്ന് പറയുമ്പോ ഒന്ന് ആരാഞ്ഞു നോക്കി ആർക്ക് ദുഃഖം ആര് ദുഃഖം അനുഭവിക്കുന്നു എന്ന് ആരാഞ്ഞാൽ ദുഃഖം അനുഭവിക്കണവനെ അവിടെ ഇല്ല അഹങ്കാരമാണ് നമ്മളെ പറ്റിക്കണതേ ഞാൻ അനുഭവിക്കുന്നു എനിക്ക് വരണു എനിക്ക് വിഷമം വരണു എനിക്ക് ദുഃഖം വരണോ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്താൽ ഒരു അനുഭവം നമ്മളുടേതല്ല എന്ന് മനസ്സിലാവും പ്രകൃതിയുടെ അനുഭവങ്ങളെ നമ്മളുടേതായിട്ട് കരുതുന്നു നമ്മളുടെ യഥാർത്ഥ അനുഭവമായ സച്ചിദാനന്ദ സ്വരൂപത്തിനെ മറന്നും കളഞ്ഞിരിക്കുന്നു പ്രകൃതിയുടെ അനുഭവമാണ് സുഖവും പ്രകൃതിയുടെ അനുഭവമാണ് ദുഃഖവും സീസൺ പോലെയാണതേ ആ സീസൺ നമ്മൾ കാരണമാണ് വരുന്നത് വിചാരിച്ചാലോ ഓരോ സീസൺ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്ന പോലെ തന്നെ ഉള്ളിലുള്ള സീസൺ കൊണ്ടും അഫക്റ്റഡ് ആവണതും ബാധിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമന്യത്തെ ഹതം കൊല്ലപ്പെട്ടു എന്നും വിചാരിക്കണില്ല അർത്ഥം അത് പേഴ്സണലി വരുമ്പോ നമ്മൾ ബാധിക്കപ്പെട്ടു നമ്മൾ ഇത് കാരണം ബാധിക്കപ്പെടുന്നു എന്ന് വിചാരിക്കരുത് അങ്ങനെ രണ്ടും വിചാരിക്കുന്നവർ കർത്താവാണെന്നും ഭോക്താവാണെന്നും വിചാരിക്കുന്നവർ അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് നിത്യാത്മസ്വരൂപലക്ഷണം വീണ്ടും വിവരിക്കുകയാണ് അടുത്ത ശ്ലോകം നായത്തെ മ്രിയേ കിത് നയം ഭൂത്ത ഭന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ മിയത്തെ ഭൂ ഭവിതയ നിത്യ ശാശ്വത അയം പുരാണത്തെ ഹന്യമാനേ ശരീരേ ഞാൻ എന്നുള്ളത് ആ ബോധമാണെന്നും സച്ചിദാനന്ദമയമായ വസ്തുവാണെന്നും ഉണർവുകൊണ്ട് കണ്ടെത്തിയവന് ശരീരത്തിൻ്റെ ജനനമരണങ്ങളൊന്നും അയാൾക്ക് സംഭവിക്കുന്നതായിട്ടേ അറിയില്ല ആ അവസ്ഥയിൽ ശരീരം ജനിക്കുമ്പോ താൻ ജനിച്ചതായിട്ടും ശരീരം മരിക്കുമ്പോ തനിക്ക് മരണം ഏർപ്പെടുന്നതായിട്ടും ശരീരം പരിണമിക്കുമ്പോ തനിക്ക് പരിണാമം ഏർപ്പെടുന്നതായിട്ടോ ഒന്നും അറിയില്ല ഈ എക്സ്പീരിയൻസിന്റെ ആദ്യത്തെ ലക്ഷണം എന്താണോന്ന് വെച്ചാൽ തനിക്ക് വയസ്സാകണമെന്നുള്ളൊന്നും അറിയില്ല അപ്പൊ പിന്നെ മരണത്തിനെ കുറിച്ച് ചോദിക്കാം വാർദ്ധക്യം വരണതായിട്ടോ എന്തെങ്കിലും പരിണാമങ്ങൾ ഏർപ്പെടുന്നതായിട്ടോ അറിയില്ല അല്ലെങ്കിൽ ശരീരത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോ എപ്പോഴും ബോഡി കോൺഷ്യസ് ആയിട്ടിരിക്കും നമ്മൾ ഏഹ് തലനരയ്ക്കുന്നുണ്ടോ ചന്ത ഉണ്ടോ പല്ലുണ്ടോ പല്ലു പോയോ ഒക്കെ ഇതേ വിചാരമായിരിക്കും ആ അറ്റൻഷൻ ഉണർവില് ആ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ഉണർവ് എന്ന് വെച്ചാൽ അവയർനെസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്ഫൂർത്തിയിൽ ശ്രദ്ധ അവിടെ പതിഞ്ഞാൽ അത് ജനിച്ചിട്ടേ ഇല്ല എന്ന് മനസ്സിലാവും സ്വാമി രാമതീർത്തൻ പറയും നോബഡി ഇൻ ദ വേൾഡ് ക്യാൻ എവർ കൺവിൻസ് രാമ ദാറ്റ് ഈ വാസ് എവർ ബോൺ എത്ര യുക്തികൾ പറഞ്ഞാലും രാമനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല രാമൻ ജനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം രാമനെ പറയുള്ളൂ ഞാനൊന്നും പറയില്ല അപ്പോ ആ സ്വരൂപത്തില് ശ്രദ്ധ ആ സ്വരൂപം ഒരിക്കലും ജനിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ജനനം അപ്പോ ന ജായ ആ സ്വരൂപം ഒരിക്കലും മരിക്കണില്ല പരീക്ഷത്തിന് ഭാഗവതം മുഴുവൻ ഏഴു ദിവസം ഉപദേശിച്ചിട്ട് ശ്രീ ശുഖബ്രഹ്മ മഹർഷി അവസാന ദിവസം പറഞ്ഞു രാജാവേ ഏഴു ദിവസം ഭാഗവതം കേട്ടുവല്ലോ ഭാഗവതം കേട്ടതിന്റെ പ്രയോജനം എന്താ അറിയോ ത്വം തുജൻ മരിഷ്യേത്തി പശുബുദ്ധിമിമാം ജഹിതഹാത്വം പ്രാഗൂതോദ്യ ദേഹവത്വം നക്ഷ ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഹേ രാജാവേ അങ്ങ് ജനിച്ചിട്ടുണ്ട് എന്നുള്ള പശുബുദ്ധി പശുബുദ്ധി എന്ന് വെച്ചാൽ ശരീരപ്രജ്ഞയാണ് പശുബുദ്ധി എന്ന് പറഞ്ഞത് ഈ ദേഹം താൻ എന്ന് കരുതിയാൽ ദേഹം ജനിച്ചിട്ടുണ്ട് അതൊരു ഫാക്ടാണ് അപ്പൊ താൻ ജനിച്ചിട്ടുണ്ട് എന്ന് വരും അങ്ങ് രാജാവേ ത്വം തുജൻ മരിഷ്യേതി പശുബുദ്ധിയും അങ്ങ് മരിക്കും എന്നുള്ള അജ്ഞാനത്തിനെ ഉപേക്ഷിക്കാം അങ്ങ് മരിക്കില്ല എന്തുകൊണ്ട് മരിക്കില്ല എന്ന് വെച്ചാൽ ജനിച്ചതൊക്കെ മരിക്കില്ലേ ചോദിച്ചാൽ ജനിച്ചത് മരിക്കും പക്ഷെ അങ്ങ് ജനിച്ചിട്ടില്ല ത്വം ന ജാത ഒരിക്കലും അങ്ങ് ജനിച്ചിട്ടില്ല ഇനി ഒരിക്കലും അങ്ങ് ജനിച്ചിട്ട് മരിക്കാനും പോണില്ല ഇനി ഒരിക്കലും സംഭവിക്കാനും പോണില്ല ഒരിക്കലും സംഭാവ്യമല്ല സത്തിന് ജനനമോ മരണമോ സംഭാവ്യമല്ല അസത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോ പരീക്ഷത്തിന് തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ വ്യക്തമാക്കി എന്നാൽ എന്നെ പാമ്പ് കടിക്കില്ലേ എന്ന് തോന്നാൻ പാടില്ലല്ലോ അപ്പോ സുഖാചാര്യർ പറഞ്ഞു പരീക്ഷത്തെ ഇതാ കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയാൽ അയാൾ വരും ആരാ തക്ഷകൻ ആ തക്ഷകൻ വരും ലേലിഹാനം വിഷാനനൈഹി തീതുപ്പുന്ന നാക്കോട് കൂടെ വരും അങ്ങനെ വന്ന് കടിക്കാൻ വരും വന്ന് നക്കും പാദത്തിൽ വന്ന് കടിക്കുമ്പോ ആ തക്ഷകനും ഈ പ്രപഞ്ചവും സകല പദാർത്ഥങ്ങളും ആത്മാവിൽ നിന്ന് അഭിന്നമായിട്ട് അങ്ങക്ക് അനുഭവപ്പെടും ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊരു പാമ്പോ ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊരു പ്രപഞ്ചമോ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും അന്യമായ വസ്തുവോ ഉണ്ടോന്ന് തോന്നില്ല അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമിക്ഷൻ ത്മാനം ആത്മനീ ആധായ നിഷ്കലേ ദശന്തം തക്ഷകം പാദേേലിഹാനം വിഷാനനൈ ന്രക്ഷ്യസി ശരീരം വിശ്വം ചത്മനഹ എന്തു വ്യക്തം അഹം ബ്രഹ്മ ഈ ശരീരത്തിൽ ഏതൊന്ന് അഹം അഹമഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു അത് ബ്രഹ്മമാണ് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ബ്രഹ്മാഹം ം തന്നെയാണ് അഹം പരമം പദം പരമമായ പദം ഇതാ ഇവിടെ തന്നെ എവിടെയും പോവാനൊന്നുമില്ല അന്തസ്ഥിതാത്മനി വർത്തതേ പരമം പദം നതു കുത്രചിത് കൈലാസേവാ വൈകുണ്ഠേവാ ഗന്ധ്യം അത്രവ സത്വാത്മനി ഹൃദയസ്ഥാനത്തിൽ സ്വരൂപത്തിൽ തന്നെ പരമം പദം അനുഭൂതിസ്വരൂപമായി ഞാനുണ്ട് എന്ന രീതിയിൽ ഉള്ളിൽ സ്ഫുരിക്കുന്നു മീക്ഷൻ അത് ഉള്ളതുകൊണ്ട് കാര്യമില്ല കാണണമല്ലോ അല്ലെ കഴുത്തിൽ രത്നമാല കിടക്കണു എത്രയോ ജന്മമായിട്ട് കിടക്കണു ഹസ്താമലകം നമ്മളൊരു പുസ്തകം ഇവിടെ ഹസ്താമലകം ഉണ്ടല്ലോ കണ്ടിണ്ടാവും കയ്യിലുള്ള പഴം എന്നാണ് അതിനർത്ഥം വേദാന്തികൾ പറയും കയ്യിലുണ്ടായാൽ പോലെ രൂചിക്കണ്ടേ കിൽ കനി ഉന്മെയ് രസം കൊണ്ട് ഉവകൈവേറികൊള്ള അരുൾ അരുണാചല ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു കയ്യിലുള്ള കനിയാണ് അങ്ങ് പക്ഷെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാ പോരാ ഭഗവാനെ അതിനെ ആസ്വദിച്ച് എനിക്ക് ലഹരി പിടിക്കണം എന്നാണ് ഇപ്പൊ ലഹരി പിടിക്കണത് എങ്ങനെയാണ് സമീക്ഷന് സമ്യക് ഈക്ഷന് ഈ പ്രജ്ഞയെ നല്ലവണ്ണം ജഡത്തിൽ നിന്നും വേർ പിരിച്ച് കാണണം എന്നാലേ ശരിയാവുള്ളൂ ഇപ്പൊ കൂടി കുഴഞ്ഞിരിക്കണു ആ കുഴഞ്ഞതിൽ നിന്ന് പിരിച്ചു മാറ്റി നോക്കിയാൽ എന്താ കാണുന്നത് ആത്മാനം ആത്മനി ആദായ എന്തുകൊണ്ട് ആത്മാവിനെ കാണുന്നു ഈ അഹമഹമഹം എന്നുള്ള സ്ഫൂർത്തിയെ ബുദ്ധി കൊണ്ടാണോ കാണുന്നത് അല്ല അഹം കൊണ്ട് അഹത്തിനെ കാണുന്നു എന്നാണ് അഹത്തിനെ ബുദ്ധി കൊണ്ടല്ല ബുദ്ധിയും മനസ്സും ഒക്കെ ഉണ്ട് എന്ന് അറിയണത് തന്നെ ഈ അഹമുള്ളത് കൊണ്ടാണ് അത് സർവജ്ഞാനത്തിനും മൂലമാണ് ആ അഹത്തിനെ അഹം കൊണ്ട് കാണുന്നു ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണും അല്ലാതെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല അപ്പൊ സമീക്ഷന് ത്മാനം ആത്മനി ആധായ നിഷ്കലെ അത് കലകളില്ലാത്തതാണ് അത് പരിപൂർണമാണ് അപ്പൊ തക്ഷകൻ വന്ന് കടിക്കുമ്പോ തക്ഷകനോ വിശ്വമോ ഒന്നും ആത്മാവിൽ നിന്ന് അന്യമായിട്ട് അങ്ങക്ക് അനുഭവപ്പെടുകയേ ഇല്ല ആ ആത്മാവിൽ നിൽക്കുമ്പോ പരീക്ഷത്തിന്റെ സ്ഥിതി എന്താ പരീക്ഷിത് പറഞ്ഞു പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഭഗവാനെ അങ് എനിക്ക് ഭയമില്ലാത്ത പദത്തിനെ കാണിച്ചു തന്നിരിക്കുന്നു ഞാൻ ബ്രഹ്മനിർവാണ പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എവിടെ പ്രവേശിച്ചു തന്നിൽ താൻ പ്രവേശിച്ചു അത്രയേ ഉള്ളൂ പുറത്തൊന്നും പ്രവേശിച്ചില്ല ഈ മനസ്സ് അഹമഹമഹം എന്നുള്ള സ്ഫൂർത്തിയിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചപ്പോ മനസ്സില്ലാതായി മനസ്സിനെ വിഴുങ്ങുന്ന അഗ്നിയാണ് ഈ അഹം സ്ഫൂർത്തി ആ അഹംസ്ഫൂർത്തിയിലേക്ക് മനസ്സ് പ്രവേശിച്ചതോടുകൂടെ മനസ്സിനെ അത് എടുത്തു വിഴുങ്ങിക്കളഞ്ഞു അപ്പോ അഭയം ദർശിതം ത്വ ഭഗവാനെ തക്ഷകനെ ഞാൻ പേടിക്കണില്ല മൃത്യുവിനെയും ഭയമില്ല കാരണം എനിക്ക് തക്ഷകനും ഇല്ല മൃത്യുവില്ല ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വ ഭഗവാനെ ഞാൻ ബ്രഹ്മനിർവാണ പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പരീക്ഷിച്ച് പറയണത് എങ്ങനെ കിട്ടിയ ബ്രഹ്മനിർവാണം എന്ന് വെച്ചാൽ ഈ അഹമഹം എന്നുള്ള സ്ഫൂർത്തിയെ കണ്ടു ആ സ്ഫൂർത്തിയിൽ കുറെ കാലം നിലച്ചു കഴിയുമ്പോ ന ജായത്തെ മൃഗത്തെ വാ കഥാചിത്ത് ഈ അഹംസ്ഫൂർത്തി സത്ത അതൊരിക്കലും ജനിക്കണില്ല അതൊരിക്കലും മരിക്കണില്ല ന അയം ഭൂത്വാ ഭവിതാവാ ഇനി ഒരിക്കൽ ജനിച്ചിട്ട് ഇല്ലാതാവാൻ ഒന്നും പോണില്ല അജഹ വീണ്ടും ഉറപ്പിക്കുകയാണ് ജനനമില്ലാത്തതാണത് നിത്യ എപ്പോഴും ഓരോ മൊമെന്റിലും അത് അമൃതസ്വരൂപമായി പ്രകാശിക്കുന്നു ശാശ്വത അനാദികാലങ്ങൾ മുഴുവൻ അതിൽ അടക്കം എല്ലാ ദിവസങ്ങളും വയം തു സർവത്ര സദാശഭാമഹ എന്നാണ് മ്മളാവട്ടെ സദാസമയം എല്ലാ കാലത്തും പ്രകാശിക്കുന്നു എല്ലാ കാലവും എല്ലാ ദേശവും ഞാൻ എന്നുള്ള ഉണർവിൽ അടക്കം എല്ലാ കാലവും ഇതാ ഇപ്പോ എന്നുള്ള കാലത്തിൽ അടക്കം എല്ലാ ദേശവും ഇവിടെ എന്നുള്ള ദേശത്തിൽ അടക്കം ഹിയർ ആൻഡ് നൌ എല്ലവും ഇപ്പോ സത്യമസ്തി എന്ന് ഉപനിഷത്ത് ഇവിടം അറിയണം എന്നാ ഇവിടെ ഇപ്പൊ അപ്പൊ എല്ലാ കാലവും വർത്തമാന കാലത്തിൽ അടക്കം എല്ലാ ദേശവും ഞാൻ ഇരിക്കുന്ന ദേശത്തിലടക്കം അപ്പോ ശാശ്വത പുരാണ പുരാണ എന്ന് വെച്ചാൽ എന്താ അർത്ഥം പുരാതന അധുനാഭിനം പുരാതനം അധുനാഭിനം ഇത് മുന്നൈപ്പഴംപൊരുക്കും മുന്നൈപ്പഴംപൊരു ഏറ്റവും പഴയതിനെക്കാളും പഴയത് പിന്നാലെ വരുന്ന വസ്തുക്കളെക്കാളും പുതിയത് ഒരു വസ്തു പുതിയതായിട്ടിരിക്കണമെങ്കിൽ അതിന് പുറകിൽ ഇതുണ്ടാവണം എന്നാലേ ഇത് പുതിയതാവുള്ളൂ അതാണ് മഹാത്മാക്കളെ ഓരോ ദിവസം കാണുമ്പോഴും അവര് പുതിയത് പ്രകൃതിയിലെല്ലാം നോക്ക പുതിയതാണ് ഇന്നലെ കണ്ട സൂര്യനല്ലേ എന്ന് പറഞ്ഞു സൂര്യോദയത്തിനെ അങ്ങനെ പറയാൻ പറ്റുമോ ദിവസം സൂര്യോദയം കാണാം അല്ലെ എത്ര ദിവസമായി സൂര്യോദയം കാണുന്നു അതിന് മരണം അത് ഓരോരിക്കലും നവമാണ് അതുകൊണ്ട് അതിന് രമണീയം എന്ന് പേര് രമണീയം എന്ന് വെച്ചാൽ തന്നെ പ്രതിക്ഷണം എന്ന അവതാമുപൈതി തദേവ രൂപം രമണീയതായ പ്രകൃതിക്ക് മാത്രമേ ആ വാക്കു പ്രയോഗിക്കാൻ പറ്റുള്ളൂ ഓരോ ക്ഷണത്തിലും പുതിയതായിട്ടുള്ളതിന് രമണീയം എന്ന് പേര് മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ് ഓരോ ക്ഷണത്തിലും പുതിയത് എന്താന്ന് വെച്ചാൽ എപ്പോഴും ആനന്ദത്തിന്റെ ഉറവിടത്തിൽ നിൽക്കണു മനസ്സിൽ നിന്നാൽ പഴകിപ്പോവും പഴശ പഴയതായി പോവും മനസ്സ് എന്ന് വെച്ചാൽ തന്നെ ചത്തുപയ സാധനം എന്ന അർത്ഥം റെഡിമെയ്ഡായിട്ടുള്ള വസ്തുക്കളാണോ മനസ്സിൽ മുഴുവൻ സ്വരൂപത്തിലോ ഒന്നും റെഡിമെയ്ഡല്ല എപ്പോഴും ഫ്രഷ് ക്രിയേഷനാണ് ക്രിയേറ്റിവിറ്റിയുടെ സോഴ്സാണത് പുതിയത് പുതിയത് പുതിയതായിട്ട് ക്രിയേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയോ അപ്പോ അത് പുതിയതുമാണ് അത് പഴയതുമാണ് ഏറ്റവും പഴയതാണ് ഏറ്റവും പുതിയതാണ് അതാണ് അതിന് പുരാണ എന്ന് പേര് ശാശ്വതോയം പുരാണ ന ഹന്യതേ ശരീരേ ശരീരം ഹനിക്കപ്പെടുന്നത് കൊണ്ട് ആത്മ സ്പർശിക്കപ്പെടുന്നതേയില്ല ശരീരത്തിന് എന്തു സംഭവിച്ചാലും ശരീരി അതായത് പ്രജ്ഞ ബോധം ഞാൻ അതുകൊണ്ട് സ്പർശിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അറിയുന്നതിൻ്റെ പ്രയോജനം ആണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം വേദാവിനാശിനം നിത്യം ജമവ്യയം കഥം സ പുരുഷ പാർാതയതി ഹാതിക വേദവിനശിം നിജമവ്യയം കഥം സ പുരുഷ പാർ കയതിഹന്തിക്കേദ അവിനം നിത്യം യനം അജം അവ്യം കഥം സ പുരുഷ പാർ കം ഘാതയം ഹേ പാർത്ഥ യേനം അവിനാശിനം നിത്യം അജം അവയം വേദ ആരാണോ ഈ ആത്മാവിനെ തന്നെ തന്റെ സ്വരൂപത്തിനെ അവിനാശി എന്നറിയണത് നിത്യമായത് എന്നറിയണത് ജനിക്കാത്തത് എന്നറിയണത് അവ്യയം എന്നുവെച്ചാൽ തീർന്നു പോവാത്തത് ഇവിടെ അവ്യയം എന്നുള്ളതിന് അതിലുള്ള ആനന്ദത്തിനോ അതിലുള്ള രമണത്തിനോ തീർപ്പില്ല ബാക്കി എന്തും ബോറടിച്ചു പോകും എന്തും കഴിഞ്ഞു എന്നൊരവസ്ഥ വരും കുറെ കാലമായി മതി എന്ന അവസ്ഥ വരും പക്ഷേ ആത്മാവിലുള്ള രതിക്ക് ഒരു ബോറടിക്കലേ ഇല്ല അത് അവ്യയമായ സുഖമാണ് എന്നുവെച്ചാൽ എന്താ കാരണം അവിടെ പോയി തൊട്ടുകഴിഞ്ഞാൽ ഉപ്പുപാവ കടലിന്റെ ആഴം അളക്കാൻ പോകുന്ന പോലെ അഹങ്കാരം അഹംബോധത്തിൽ ഇല്ലാതായിട്ട് തീരും അതിൽ വീണാൽ പിന്നെ എടുക്കാൻ പറ്റില്ല പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ എന്നാണ് മഹർഷി പറയണത് ഈ അഹങ്കാരം മൂലാന്വേഷണം ചെയ്യുമ്പോ എന്ത് ചെയ്യും അത്രേ ആ ഹൃദയമാകുന്ന കുഴിയിലേക്ക് തലകുത്തി വീഴും പരിപുഗ്ന ശീർഷ ഭഗവാൻ ഒരു മഹാകുഴിയാണ് ഭഗവാനാവുന്ന കുഴിയിൽ വീണാ പിന്നെ പുറത്തു വരാൻ പറ്റില്ല ഞാൻ പറയണതല്ല വിഷ്ണു സഹസ്രനാമത്തിൽ നിങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഭഗവാന് ഒരു നാമം മഹാഗർത്തഹ എന്നൊരു പേര് മഹാഗർത്തം ആ ഗർത്തം എന്ന് വെച്ചാൽ വലിയ കുഴി എന്നർത്ഥം ആഴമുള്ള കുഴി അത് അൻ അൺ എൻഡിങ് പിട്ടാണ് അതിലേക്ക് വീണുകൊണ്ടേയിരിക്കും പുറത്തു വരില്ല അതിലേക്ക് വീണു കഴിഞ്ഞാ പുറത്തു വരാൻ പറ്റില്ല പ്രൊഫസർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയില് അദ്ദേഹം കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം രമണ മഹർഷിയെ കുറിച്ച് മുമ്പിൽ കേട്ടിരുന്നു പക്ഷെ അദ്ദേഹം കാണണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോറിൻ എംബസിയുടെ എന്തോ ആളായിട്ട് ഒരു ഫോറിനർ വന്നു വലിയൊരു ഫിലോസഫറാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോ സ്വാമിനാഥനോട് ചോദിച്ചു നിങ്ങൾ രമണ മഹർഷിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഇദ്ദേഹം വളരെ ബഹുമാനിക്കുന്ന ആൾ ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന് നാണം തോന്നി മഹർഷിയെ കണ്ടിട്ടില്ല എന്ന് പറയാം അപ്പൊ അദ്ദേഹത്തിനൂടെ ഞാനും വരാം മഹർഷിയെ കാണാനായിട്ട് എന്ന് പറഞ്ഞു ഇപ്പൊ ഈ സ്വാമിനാഥൻ വേറെ ആരോ ഒരാളോട് മഹർഷിയുമായിട്ട് വളരെ പരിചയമുള്ള ഒരാളോട് പറഞ്ഞു അത്ര ഞാൻ രമണ മഹർഷിയെ കാണാൻ പോകുന്നു അപ്പൊ അയാള് പറഞ്ഞു അത്രേ മഹർഷിയെ കാണാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ടു മൂന്ന് പേരെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാ ഭാര്യ കുട്ടികള് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകണം എന്താ അങ്ങനെ പറയണത് ചോദിച്ചു അത്രേ എന്താന്ന് വെച്ചാൽ ഈ ഊട്ടിയില് വളരെ ഉയരമുള്ള സ്ഥാനമുണ്ടല്ലോ ഈ ദൊഡബട്ട അവിടുന്ന് ചുവട്ടിലേക്ക് എത്തി നോക്കണമെങ്കിൽ ഇടുപ്പിലൊരു കയറ് കെട്ടി പുറകെ ആരുടെങ്കിലും പിടിക്കാൻ കൊടുത്തിട്ടേ എത്തി നോക്കാൻ പാടുള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ വീണാ പോയി പിടിക്കാൻ ഒരാള് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മഹാകുഴിയാണ് വീണാ ചിലപ്പോ തിരിച്ച് വീട്ടിലേക്ക് വരില്ല അതുകൊണ്ട് ഒരു നാല് കെട്ടിട്ടിട്ട് നല്ല വെണ്ണം കെട്ടിട്ടിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ഈ കെട്ടുന്ന ആളുകളാണ് ഭാര്യയും കുട്ടികളും ഒക്കെ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയാട്ട് വീണ് പോയില്ല ഓർമ്മ വരും അതുകൊണ്ട് അവരെയൊക്കെ പിന്നാലെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അത് ആത്മജ്ഞാനികളൊക്കെ ആത്മാവ് തന്നെയാണല്ലോ അതുകൊണ്ടാണ് അവർക്ക് ആ വൈശിഷ്ട്യം ഭഗവാന് മഹാഗർത്തം എന്ന് പേര് പറയാൻ കാരണം ഭഗവാൻ ആത്മാവായതുകൊണ്ട് അതേ ഗർത്തം നമ്മളുടെ ഉള്ളിലുണ്ട് ആ കുഴി ആ കുഴിയിലേക്ക് ഈ അഹങ്കാരം അന്വേഷിച്ചു പോയാൽ അവ്യയം അത് അവസാനിക്കാതെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ പുറത്തു വരാ തിരിച്ചു വരാൻ പറ്റില്ല മാത്രമല്ല വ്യയമില്ലാത്ത ആനന്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇമ്മെഷറബിൾ ആയിട്ടുള്ള ആനന്ദം ഉള്ളില് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആള് പോട്ടെ അപ്പോ ആത്മാ നിത്യമാണെന്നും നാശമില്ലാത്തതാണെന്നും ജനനമില്ലാത്തതാണെന്നും മരണമില്ലാത്തതാണെന്നും ആരറിയുന്നു ആത്മാ കർത്താവോ ഭോക്താവോ അല്ല എന്ന് ആരറിയുന്നു അങ്ങനെയുള്ള ആള് സ അങ്ങനെയുള്ള പുരുഷൻ കം ഘാതയതി ആരെ കൊണ്ട് ഇയാളെ കൊല്ലിപ്പിക്കുന്നു ആര് കൊല്ലുന്നു ഇത് കൊല്ലിപ്പിക്കാനും പറ്റില്ല കൊല്ലാനും പറ്റില്ല ഹന്തികം ആരെ കൊല്ലുന്നു അയാൾക്കറിയാം ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെ കൊല്ലാൻ പറ്റില്ല എന്ന് അയാൾക്കറിയാം പിന്നെ എന്തിനാ ഇതൊക്കെ കൃഷ്ണൻ ചെയ്യാൻ പറയണത് അവഹാരത്തിന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ഇത് അറിയില്ല അറിഞ്ഞിട്ട് യുദ്ധമാണ് അർജുനന്റെ ജോലി അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഉള്ളൂ എന്ന് അല്ലാതെ എല്ലാരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ ഒന്നും ഭഗവാൻ പറഞ്ഞില്ല അർജുനൻ യുദ്ധം ചെയ്യലാണ് ജോലി ഭഗവാൻ തന്നെ കഴിയുന്നതും ശ്രമിച്ചു യുദ്ധം വേണ്ട വെക്കാനൊക്കെ അതൊന്നും പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം ഈ യുദ്ധം പ്രകൃതിയുടെ നിശ്ചയമാണ് അതടക്കാൻ പോണു ഇവിടെ വെറുതെ അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അർജുനനെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം ഭഗവാൻ അപ്പൊ അർജുന യുദ്ധം ചെയ്യൂന്നല്ല പറയണത് യുദ്ധം ചെയ്യില്ല വെറുതെ ശാട്ട്യം പിടിച്ച് എന്തിനാ അർജുന മനസ്സിൽ ഈ കോൺഫ്ലിക്ട് എന്നാ ചോദിക്കണം തന്നെ കൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ യുദ്ധം ചെയ്യാനാണോ പ്രകൃതി തന്നെ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ട് വന്ന് സവ്യസാജിയായി ഇടത് കൈ കൊണ്ട് അമ്പും വില്ലും പറ്റും അങ്ങനെയൊക്കെ വളർത്തിയിരിക്കുന്നത് തന്റെ കഴിവല്ല അല്ലേ ഇപ്പൊ നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ ചണ്ട കലാപ്രതിഭയൊക്കെ വാങ്ങിക്കും പത്രത്തില് യുദ്ധമാണ് അവിടെ എന്നിട്ട് പ്രതിഭ എന്നൊരു വാക്കിടും ഇതുപോലൊരു കള്ളം വരവൊന്നുമില്ല എന്താന്ന് വെച്ചാൽ ആര് പ്രതിഭ വാസ്തവത്തിലുള്ള പ്രതിഭയാണെങ്കിൽ പോലും പ്രതിഭ എന്നൊരു സാധനമേ ഇല്ല ഇവിടെ എവിടെ പ്രതിഭ ഈ പ്രതിഭകൾക്ക് ആർക്കെങ്കിലും അറിയോ അവരിൽ ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ വെറുതെ അവരിൽ ആരോപിച്ച അഹങ്കാരം ഉണ്ടാക്കുകയാണോ കുട്ടികൾക്ക് അവർക്ക് വെറുതെ അഹങ്കാരം ഉണ്ടാക്കുകയാണ് ഒരു കോമ്പറ്റീഷനെങ്കിലും കുട്ടികൾക്ക് നന്മച്ചയില്ല പഠിപ്പിലും അതെ കുട്ടിയെ വേണമെങ്കിൽ നീ നന്നായിട്ട് പഠിക്കൂ എന്ന് പറയാം ആരെങ്കിലും കൂടുതൽ അയാളെക്കാളും വാങ്ങിക്കു തോന്നപ്പോയി ഇപ്പൊ പുതിയതായിട്ട് ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കുറച്ച് വിവരമുള്ളവരൊക്കെ അങ്ങനെ തിങ്ക് ചെയ്ത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പരീക്ഷയൊന്നുമില്ലാതെ അങ്ങനെയൊക്കെ ഒരു വിദ്യാഭ്യാസ പദ്ധതി നോക്ക് പരീക്ഷിച്ചു നോക്കുന്നു ചിലതൊക്കെ കുട്ടികളുടെ ഉള്ളിൽ ഈ കോമ്പറ്റീഷനോ അസൂയോ വളരാതിരിക്കാനുള്ള വഴി അത് പോട്ടെ അപ്പോ എന്താ പറഞ്ഞ് ഏ കങ്കാതയത്തി ഹന്തി കം അത് അറിഞ്ഞു ഇപ്പൊ ഒരു വിഷയം വന്നു പെട്ട സങ്കടത്തും അപ്പോ പ്രതിഭ എന്നുള്ളത് ഒരു പ്രതിഭയ്ക്കും അതൊരു സിദ്ധിയാണ് പ്രതിഭ എന്ന് പറയണതേ പ്രതിഭയൊന്നും എങ്ങനെ സംഭവിക്കണമെന്ന് ഈ പ്രതിഭകൾക്ക് അറിയില്ല അവർക്ക് അതിന്റെ മെക്കാനിസമേ അറിയില്ല അവരിൽ എങ്ങനെയോ പ്രവർത്തിക്കണോ അത് അത്രയേ ഉള്ളൂ അത് വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ല ചിലർക്ക് പാട്ടുപാടാനുള്ള അവര് ഉണ്ടാക്കിയതല്ല വരണു ജന്മന അവർക്ക് തന്നെ അറിയില്ല അതെങ്ങനെ സംഭവിക്കണു അവരിലൂടെ എന്നുള്ളത് ചിലർക്ക് ചിത്രം വരയ്ക്കാനുള്ളത് അവർക്കറിയോ അതെങ്ങനെ സംഭവിച്ചു അവർക്ക് അറിയില്ല അവരെ അറിയാതെ അവരിലൂടെ ആ ശക്തി ഓപ്പറേറ്റ് ചെയ്യുക അതേപോലെ അർജുന തന്നിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രതിഭ ഉണ്ടായിരിക്കണം അത് തന്റെയല്ല അത് പ്രകൃതിയുടെ ആണ് അപ്പൊ ശരിക്ക് അറിവുള്ളവൻ എന്ത് വേണം ഈ കലകൾ തന്നിലൂടെ പ്രകാശിക്കുമ്പോൾ കലയെ സകല കലയ്ക്കും മൂലസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അർപ്പിക്കുക അത്രയും ചെയ്യാൻ പാടുള്ളൂ ഇത് എന്റെ കലയല്ല അതിൽ ഒരു ചുമതലയും ഏറ്റെടുക്കരുത് അതുകൊണ്ടാണ് ത്യാഗരാജസ്വാമികളെ പോലെയുള്ളവർ സംഗീതത്തിന് മുഴുവൻ ഭഗവാൻ അർപ്പിച്ച് ഭഗവതാനന്ദ അനുഭൂതിക്ക് ഒരു മാർഗമായി മാത്രം വെച്ചു അല്ലാതെ നിങ്ങളെ പട്ടം തരാം പദവി തരാം എന്ന് പറഞ്ഞാൽ അവരാരും പോയില്ല അവരാരും വഴങ്ങിക്കൊടുത്തില്ല എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് അവരുടെ കഴിവൊന്നുമല്ലെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം ഇത് കഴിവയെ അല്ല പ്രകൃതിയിൽ അനേക വൈഭവങ്ങളുണ്ട് അതിൽ ഒരു കല ഒരു അംശം തന്നിലൂടെ പ്രകാശിക്കണം അത് എങ്ങനെ പ്രകാശിക്കണമെന്നേ തനിക്കറിയില്ല പിന്നെ അതിന് താൻ പോയി അവിടെ പോയി മുമ്പിൽ നിന്ന് കഴുത്തിൽ മാല വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൽ എന്തർത്ഥമുണ്ട് അപ്പോ അർജുനനോട് ഭഗവാനും പറയണത് ഈ യുദ്ധം ചെയ്യാന്നുള്ളത് താൻ തീരുമാനിച്ചതല്ല തന്നെ ഞങ്ങളൊക്കെ കൂടെ സെലക്ട് ചെയ്തിരിക്കണം ീ ചെയ്യിപ്പിക്കാനായിട്ട് അതിൽ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല പിന്നെ വെറുതെ എന്തിനു വിഷമിക്കണം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നടക്കാൻ പോണില്ല അഹങ്കാരമാശ്രിത്യ അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ മിഥ്യേഷ വ്യവസായ സ്ഥേ പ്രകൃതി സ്വാം നിയോക്ഷ്യ ഭഗവാൻ പിന്നീട് പറയണം അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നടക്കാൻ പോണില്ല തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും പ്രകൃതി യു ഹാവ് നോ ചോയ്സ് ടു റിനൌൺസ് ഓർ ടു ഇതറിഞ്ഞാൽ സ്വതന്ത്രനായി അപ്പൊ എന്താ അപ്പൊ എന്താണ് ഭഗവാൻ ചെയ്യുന്നു എന്ന് അറിഞ്ഞ് ആരും കർത്താവുമല്ല ഭോക്താവുമല്ല എന്നുള്ള അറിവ് തെളിഞ്ഞു കിട്ടും നമ്മളിൽ മാത്രമല്ല മറ്റുള്ളവരിലും അത് വരും അപ്പൊ മറ്റുള്ളവരെയും നമ്മൾ കുറ്റം പറയാനൊന്നും നിൽക്കില്ല ഹൃദയ വ്യവഹാരത്തിന് പറഞ്ഞാൽ പോലും ഉള്ളിൽ നമുക്കറിയാം ആരും ഒന്നിനും കാരണമല്ല ഈശസ്ഹി വശേ ലോക യോഷ ദാരുമയി ഭാഗവതത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്ലോകം വരും ഈശ്വരന്റെ കയ്യിലുള്ള കളിപ്പാവകൾ പാവക്കൂത്തിലെ പാവകൾ പോലെ ഈശ്വരന്റെ കയ്യിൽ നർത്തനം ചെയ്യുന്ന കളിപ്പാവകളാണോ ലോകത്തിലെല്ലാം ആരും സ്വതന്ത്ര ഇച്ഛയോ കർത്തൃത്വമോ ഒന്നുമുള്ളവരല്ല അവരെയൊക്കെ ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ഈ രഹസ്യം അറിഞ്ഞവര് മറ്റുള്ളവരെയും കാരണക്കാരാക്കില്ല തങ്ങളും കാരണമാണെന്ന് ധരിക്കില്ല എങ്ങനെ പ്രവൃത്തി നടക്കണോ അതിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കും ഒരിടത്തും കർത്തൃത്വം ഇതറിഞ്ഞാൽ ആനന്ദമാണ് അതാണ് മൂടന്മാരും സന്തോഷമായിരിക്കും ജീവിതമാവുന്ന ഒഴുക്കിൽ മൂടന്മാർക്ക് കർത്തൃത്വം ഭക്തൃത്വം ഇല്ലാതിരിക്കും ചിലപ്പോ അപ്പൊ അവരും എന്ത് സംഭവിച്ചാലും ചിന്തിക്കാത്തത് കൊണ്ട് സന്തോഷമായിട്ടിരിക്കും ജ്ഞാനികളും സന്തോഷമായിട്ടിരിക്കും അവർക്ക് വിഷമങ്ങളൊന്നും അറിയില്ല ഒരു തമാശ കഥ ഒരാള് ഒരു സിമ്പിൾ ടണ്ണാണ് അയാള് തന്റെ നാട്ടിൽ സിറ്റിയിലേക്ക് ടൗണിലേക്ക് പോകണം ടൗണിലേക്ക് പോകുമ്പോൾ ഇയാൾ വഴി ചോദിച്ച് ചോദിച്ച് പോവുകയാണ് പട്ടണത്തിലേക്ക് പോണ വഴിയിൽ ഒരാളെ കണ്ടപ്പോ ഒരാളോട് ചോദിച്ചു എങ്ങനെയാ പട്ടണത്തേക്ക് പോകേണ്ടതോ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞുതാ മരം കാണില്ലേ മരത്തിന്റെ മേലെ കൂടെ പോണ വഴി കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു അയാൾ ഉദ്ദേശിച്ചത് അവിടെ കാണുന്ന റോട്ട് കൂടെ പോകുമെന്നാണ് ഇയാൾ പാട്ടും പാടി പോയി മരത്തിന്റെ മേലെ കയറി മരത്തിന്റെ മേലെ കയറി അയാള് വിചാരിച്ചു നോക്കുമ്പോ മരത്തിന്റെ മേലെ കയറുമ്പോ അങ്ങോട്ട് നദിയാണ് മരത്തിന്റെ കൊമ്പില് പിടിച്ച് തൊങ്ങി ആ നദിയിൽ നമ്മളെ കൊണ്ടുപോവാൻ ആരെങ്കിലും വരുവായിരിക്കും അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ എന്ന് വിചാരിച്ചു കൊമ്പില് തൊങ്ങിക്കൊണ്ട് നിന്നു കുറെ നേരം കഴിഞ്ഞ് ആരെയും കാണാനില്ല അത്ര കണ്ടു മൺഡൂസ് എന്നാലും ഒരു കുഴപ്പമില്ല കൊമ്പില് തൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരാനക്കാരൻ വരണു അയാളും ഇയാളെ പോലെ തന്നെയുള്ള പാർട്ടി അയാള് ചോദിച്ചത് ഇപ്പൊ എന്താ ഇപ്പൊ ഈ കൊമ്പിൽ ഇങ്ങനെ ഈ വേദാളത്തിനെ പോലെ തൂങ്ങിക്കൊണ്ടിരിക്കണം അയാള് പറഞ്ഞു ഞാൻ പട്ടണത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ് നിങ്ങളാണോ അതിനുള്ള ആള് ചോദിച്ചു ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞു കാലില് പിടിച്ചു ഞാൻ പിടിച്ചോളാം ചാടിക്കോളൂ എന്ന് പറഞ്ഞു പിടിച്ചത് ആന ചോട്ടല് പോയി മേലെയുള്ള ആള് ശാഖയില് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു ചോട്ടിലുള്ള ആള് കാലില് പിടിച്ച് ആടിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും നദിയുടെ മേലെ അപ്പൊ ചോദിച്ചു മോളിലുള്ള ആള് ചോദിച്ചു ഇപ്പൊ എന്താ ചെയ്യാനെ പോകും ചെയ്തു ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോയിച്ചു ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരണ വരെ ഇതെന്നെ വഴി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്ക അപ്പൊ മോളിലുള്ളവനൊരു ഐഡിയ തോന്നി ആരെങ്കിലും വരണവരെ താനൊരു പാട്ട് പാടൂ പാടാൻ അറിവിച്ചു അപ്പൊ ഇയാള് പഴയ പാട്ട് പഠിച്ച പാട്ട് ഏതോ തുടങ്ങി രാഗാലാപനത്തോടെ തുടങ്ങി ഈ ആനക്കാരെ ചോട്ടലുള്ള രസികന്മാര് രണ്ടുപേരും ഒരു പ്രശ്നമില്ല പാട്ടുപാടാൻ തുടങ്ങി പാട്ടുപാടി കുറെ കഴിഞ്ഞതും മുകളിലുള്ള ആൾ അതിനേക്കാളും രസികൻ അയാൾ കൈ രണ്ടും വിട്ട് കൊട്ടി രണ്ടുപേരും കൂടെ നദിയിലും രണ്ടുപേരും വീഴുമ്പോ ഇയാൾ എന്താ പറയണറിയോ എന്തിനാ കൈ കൊട്ടിയതെന്നല്ല ചോദിച്ചു ഞാൻ പാട്ട് നിർത്തുന്നതിന് മുമ്പിന് എന്താ കൊട്ടിയത് എന്നാണ് അതിനു മുമ്പ് എന്താ കൈകൊട്ടിയതാ വെച്ചു രണ്ടുപേരും കൂടെ വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണപ്പോ നമ്മള് വീണു ഇനി എന്താ ചെയ്യാ ഇനി പാടും എന്നാണ് ഇയാള് വെള്ളത്തിൽ രണ്ടുപേരും പോയിക്കൊണ്ടേയിരിക്കണു ഇയാള് പാടിക്കൊണ്ടിരിക്കണു അതിന്റെ ബഹു രസം വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ട് പോകുമ്പോഴും പാട്ടുകച്ചേരിയും രസവും കൊറേ കഴിഞ്ഞ് സമുദ്രത്തിൽ പോയി ചേരുന്നതിന് മുമ്പ് ആരോ പിടിച്ച് കരക്ക് കയറ്റി കരയ്ക്ക് കയറ്റിയപ്പോ പട്ടണത്തിന്റെ അടുത്താണോ എത്തേണ്ടടുത്ത് ആൾ എത്തുവേ ഇങ്ങനെയാണെങ്കിൽ പട്ടണത്തിന്റെ അടുത്താണെങ്കിൽ ഇവർക്ക് എത്താനുള്ള സ്ഥലമാണ് എന്നിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് ഷേക്ക് ആൻഡൊക്കെ കൊടുത്ത് മറ്റേ ആൾ പറഞ്ഞു ഇത്ര രസമായിട്ട് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ പട്ടണത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ ഇത്ര രസമായിട്ട് പോയിട്ടില്ല ഇതൊരു വെറൊരു കഥയാണ് പക്ഷേ മൂഢന്മാരുടെ ജീവിതയാത്രയും ഇങ്ങനെയാണ് അവർക്ക് എന്തൊക്കെ നടുവിൽ സംഭവിച്ചാൽ അവർക്കിതൊന്നും അറിയില്ല അവര് മനസ്സിനെ ഉപയോഗിക്കുകയില്ല കളിച്ച് എന്തെങ്കിലും രസിച്ച് അങ്ങനെ പോകും നമ്മളാണെങ്കിൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും ഓരോ സ്റ്റെപ്പിലും അല്ലെ അവർക്കൊന്നും അറിയണില്ല അപ്പൊ ചിന്തിക്ക എന്നുള്ളത് നമ്മളുടെ സ്വരൂപമല്ല ഒന്നിൽ ചിന്തയെ ബോധപൂർവം ഇല്ലാതാക്കണം അല്ലെങ്കിൽ ചിന്തിക്കാത്ത മൂഢനായിട്ടിരുന്നാലും രക്ഷപ്പെടും ഈ ചിന്തയുടെ കുരുക്കിൽ പെട്ടാൽ ചിന്തയ്ക്കും ചിതയ്ക്കും ബിന്ദു മാത്രമേ വ്യത്യാസമുള്ളൂ ചിത ശരീരത്തിനെ ജഡശരീരത്തിനെ ഇരിക്കും ചിന്താദഹതി ജീവിതം ചിന്ത ജീവിതത്തിനെയേ ഇരിക്കും അപ്പോ ഇതറിഞ്ഞാള് കർത്താവാണോ ഭോക്താവാണെന്നൊന്നും ധരിക്കാതെ ജീവിതത്തിന്റെ ഒഴുക്കിൽ സ്വതന്ത്രമായി അങ്ങനെ പോകും കർത്തൃത്വഭോക്തൃത്വമില്ലാതെ പോകും ഇനിയും ജീവന്റെ ഗതിയെക്കുറിച്ച് ഭഗവാൻ പറയുക അർജുന റിലേറ്റീവാണത് പുനർജന്മം എന്നുള്ളത് പാരമാർത്ഥിക സത്യവുമല്ല വ്യാവഹാരിക സത്യവുമല്ല വ്യാവഹാരികമായിട്ട് നമ്മളൊന്നും കാണുന്നില്ല പുനർജന്മം പാരമാർത്ഥിക തലത്തിൽ ആത്മാ ജനിക്കണമില്ല മരിക്കണമില്ല ആപേക്ഷികമായ സത്യമാണ് ഈ പുനർജന്മം ആപേക്ഷികമാണത് പാരമാർത്ഥികമായി ആത്മാവിന് ജനനം വരണം ഒന്നുമില്ല വ്യാവഹാരികമായ തലത്തിലും ജനനം വരണം നമ്മള് പുനർജന്മം ഒന്നും കാണണില്ല പ്രത്യക്ഷമായിട്ട് ഇത് ആപേക്ഷികമായ ഒരു സത്യമാണ് ഈ പുനർജനനം എന്ന് പറയുന്നത് അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ യാത്രയാണ് സ്ഥൂല ശരീരത്തിന്റെ യാത്രയുമല്ല ആത്മാവിന്റെ യാത്രയുമല്ല സൂക്ഷ്മ ശരീരത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് വാസനാമയ ശരീരം അനേക വികാരങ്ങളോടുകൂടെ ഉള്ളിലിങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ അല്ലെ നമ്മൾ ഉറങ്ങുമ്പോഴും അത് സ്വപ്ന ലോകത്തിൽ പ്രവർത്തിക്കണം അത് തന്നെ ഒരു തെളിവാണ് സ്ഥൂല ശരീരത്തിന്റെ സഹായം കൂടാതെ സ്വപ്നത്തില് അത് വ്യവഹരിക്കണം അത് തന്നെ ഒരു തെളിവാണ് ശരീരം മരിച്ചാലും അത് പ്രവർത്തിക്കും എന്നുള്ളതിന് ശരീരം ഭരിക്കണതുകൊണ്ട് ഈ സൈക്കിക് എനർജി നഷ്ടമായി പോവില്ല ശൂന്യമായി പോവില്ല അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എക്സിക്യൂഷൻ നടക്കണോ അതിനോ ആ സൂക്ഷ്മ വേറെ ഏതെങ്കിലും ശരീരത്തിലൂടെ പ്രവർത്തിച്ചേ ഒക്കും അതിന്റെ യാത്രയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ൃതി നരീരാണി വിഹാ अन्यानि सम्याति സംയാതി देही ജീർ യഥാ വിവാനി ഗൃഹാതി നോപ്പി തരീരാണി വിഹാ ജീർ ഇവിടെ ജീവൻ എന്നർത്ഥം വാസാം ജീർണി യഥാ വിഹായ നവാനി ഗൃഹാതി നരഹ അപരാണി തഥ ശരീരാണി വിഹായ ജീർണനി അന്യാനി സംവ്യാതി നവാനി ദേഹി ഈ ദേഹി ശരീരങ്ങളെ വിട്ട് പുതിയ ശരീരങ്ങളിലേക്ക് പോകുന്നു എങ്ങനെ എന്ന് വെച്ചാൽ വാസാംസി ജീർണാനി വാസാംസി വാസാംസിന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ എന്നർത്ഥം തുണികൾ ഒരു വസ്ത്രം ജീർണിച്ചു കഴിഞ്ഞാൽ ആ ജീർണിച്ച വസ്ത്രങ്ങൾ വസ്ത്രം കളഞ്ഞിട്ട് നവാനിഗൃണാതി പുതിയ വസ്ത്രം വാങ്ങിച്ചു അതേപോലെ ശരീരാണി വിഹായ ശരീരം ജീർണിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിനെ വിട്ടിട്ട് നവാനിഗൃണാതി പുതിയ ശരീരത്തിനെ ഈ ദേഹി സ്വീകരിക്കുന്നു അപ്പൊ ജീർണാനി എന്ന് വെച്ചാൽ എന്താ ജീർണിക്കുന്ന വെച്ചാൽ എന്താ അർത്ഥം ഉം വയസാവലാണ് പറഞ്ഞാൽ തെറ്റിപ്പോവും എന്താന്ന് വെച്ചാൽ ചെറുതൊക്കെ ചെറിയ കുട്ടികൾ മരിച്ചുപോണു പത്ത് മുപ്പത് വയസ്സില് മരിച്ചുപോണു ഇരുപത് വയസ്സില് മരിച്ചുപോണു അപ്പൊ ജീർണാനി എന്ന് വച്ചാൽ ശരീരം ജീർണിച്ച് വാർദ്ധക്യം പ്രാപിച്ചു എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ ജീർണാനി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരത്തിൽ ആ ജന്മത്തിൽ അനുഭവിക്കാൻ കൊണ്ടുവന്ന വാസനകൾ ജീർണിച്ചു കഴിയുമ്പോൾ എന്നർത്ഥം ആ ശരീരത്തിൽ ആ പർട്ടിക്കുലർ ശരീരത്തിൽ ആ മുഖ്യ ആ ജന്മത്തിൽ അനുഭവിക്കാനുള്ള പ്രാരബ്ധം ശിഷ്ടം കഴിയുമ്പോ ഇനി ഉള്ളത് അനുഭവിക്കാൻ ഈ ശരീരത്തിൽ യോഗമില്ല അപ്പൊ അത് ജീർണിച്ച് കഴിയുമ്പോ ഇനി പുതിയ വാസനകളൊക്കെ ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല ആ പിരിയഡ് കഴിഞ്ഞാൽ അത് പത്ത് വയസ്സാവട്ടെ രണ്ട് വയസ്സാവട്ടെ നൂറു വയസ്സാവട്ടെ ചിലർ അത്യാവശ്യം നൂറ്റി ഇരുപത് വയസ്സൊക്കെ ഇരിക്കുന്നു അങ്ങനെ ആവട്ടെ അത് കഴിയുമ്പോ ജീർണാനി വിഹായ അത് വിട്ടിട്ട് ഇപ്പൊ ഈ ശരീരത്തിൽ ആർജിച്ചിട്ടുള്ള വാസനകളുണ്ടല്ലോ അതിനെ അനുഭവിക്കാനായിട്ട് പറ്റിയ രീതിയിലുള്ള പുതിയ ശരീരത്തിന് എടുക്കും ആദിശങ്കര ഭഗവത്പാദര് ഉത്തരകാശിയിലിരിക്കുമ്പോ വ്യാസഭഗവാന്റെ ദർശനമുണ്ടായി എന്നാണ് ശങ്കരവിജയത്തിലെ ഒരു കഥ വ്യാസൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ ശങ്കരാചാര്യരുടെ മുമ്പിൽ വന്നു അത്രേ അപ്പൊ അവര് തമ്മിൽ ചർച്ച ചെയ്ത വിഷയവും ഇതാണ് ഈ ജീവന്റെ പ്രാപ്തി തദന്തരപ്രതിപത്തൗ രംഭതി സമ്പരിഷ്വക്ത പ്രശ്നനിരൂപണാഭ്യാം എന്ന് ബ്രഹ്മസൂത്രത്തില് പറയുന്ന കാര്യങ്ങൾ ഈ ജീവൻ ഭരിക്കണ സമയത്ത് ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള വാസനകളെയും ആ അതിനെയൊക്കെ വലിച്ചുകൊണ്ടുപോകണോ അല്ല വെറുതെ പോണുവോ എല്ലാത്തിനെയും വലിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് തീരുമാനം ഈ ജീവൻ വാസനാമയമായ സൂക്ഷ്മ ശരീരത്തിനെ അവിടുന്ന് ഉദാന വായു പൊക്കിക്കൊണ്ടുപോകും ആ ജന്മത്തിൽ ഏറ്റവും അധികം ശേഖരിച്ചിട്ടുള്ള വാസന ഏതോ അത് മുമ്പിൽ വന്ന് നിൽക്കും അതിനനുസരിച്ച് അടുത്ത ജന്മം എന്നുവെച്ചാൽ അതിനെ ആ വാസനയെ ആശ്രയിച്ച് അതിന് കാരണമായിട്ടുള്ള ശക്തി പുനർജന്മത്തിന്റെ ഇൻചാർജായിട്ടുള്ള ശക്തി ഈ ജീവനെ അടുത്ത സങ്കല്പ ശരീരം ഉണ്ടാക്കി കൊടുക്കും സങ്കല്പശരീരമാണ് സങ്കല്പം കൊണ്ട് ശരീരം ഉണ്ടാക്കിയെടുക്കും അടുത്ത ശരീരത്തിലേക്ക് അത് പ്രവേശിക്കും അപ്പോ നവാനി ശരീരാണി ഗൃഹാതി പുതുക്കിയ ശരീരത്തിനെ സ്വീകരിക്കും ദേഹി അപ്പൊ അതൊരു പ്രോസസ്സാണ് ഇതൊരു പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് അത് ശരീരത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം വസ്ത്രം കീറിക്കളയാം അല്ലെ പക്ഷെ ഉള്ളിലുള്ള ആത്മാവിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല അടുത്ത വീട്ടില് ഭയങ്കരമായ ലഹള നടന്നു അടുത്ത ദിവസം രാവിലെ എണീ എന്തോ ശബ്ദം കേട്ടു പുറത്ത് വീഴണ ശബ്ദം കേട്ടു രാവിലെ എണീറ്റപ്പോ ചോദിച്ചു അമ്മാവന്റെ അടുത്ത് അമ്മാവായ എന്താ എന്നല്ലേ നിങ്ങളുടെ വീട്ടിലൊരു ബഹളം കേട്ടത് ഏയ് ഭാര്യയെ കുറച്ച് ദേഷ്യപ്പെട്ടു എന്നിട്ടോ എന്റെ ഷർട്ട് എടുത്ത് പുറമേക്ക് എറിഞ്ഞു അതിനാണോ ഇത്ര ശബ്ദം അല്ല ഷർട്ടിന്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു ഷർട്ടാണ് ദേഹം അത് വേറെ ഉള്ളിലുള്ള ആള് വേറെ ഷർട്ടിനെ എപ്പൊ വേണമെങ്കിൽ അഴിച്ചു മാറ്റാം അല്ലേ അത് ജീർണിച്ചു കഴിയുമ്പോ അതിനെ അഴിച്ചു മാറ്റിയാൽ അത് വേറെ ഞാൻ വേറെ അപ്പൊ അതിനെ ഉപേക്ഷിക്കുമ്പോ ഈ ജീവനെ യാതൊരു വിധത്തിലും അത് ബാധിക്കുന്നില്ല ഒരു ശരീരത്തിൽ ഇനി ഒരു ശരീരത്തിലേക്ക് യഥാകർമ്മ യഥാശ്രുതം അതിന്റെ കർമ്മത്തിനനുസരിച്ചും അറിവിനനുസരിച്ചും ചലിക്കുന്നതാണ് കടോപനിഷത്തിൽ യമൻ മൃത്യു തന്നെ മൃത്യുവിന്റെ സീക്രട്ട് നജികേതസ്സിന് പറഞ്ഞു കൊടുക്കണം നജികേതസ് ചോദിക്കുന്നു ഹേ യമധർമ്മ രാജാവേ മരണത്തിന് ശേഷം എന്തു സംഭവിക്കുന്നു യമൻ കുറെ ഒക്കെ നോക്കി ഈ ചോദ്യം ഉപയോഗിച്ച് ബാക്കി എന്തു വേണമെങ്കിൽ ചോദിക്കൂ ഇത് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം ആ കുട്ടി വിട്ടില്ല അപ്പൊ അവസാനം യമൻ പറഞ്ഞു ഒരു ശരീരത്തിന്ന് ഇനിയൊരു ശരീരത്തിലേക്ക് പോകുന്ന ഈ ജീവൻ കർമ്മത്തിനനുസരിച്ച് അറിവിനുസരിച്ച് ചലിക്കണം എന്തൊക്കെ അറിവ് ശേഖരിച്ചിട്ടുണ്ടോ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ആയിട്ടുള്ള ഇംപ്രഷൻസ് വാസനകൾ അതിനനുസരിച്ച് ഒരു ശരീരത്തു ഒരു ശരീരത്തിലേക്ക് ചലിക്കുന്നു നവാനി ശരീരാണി ഗൃഹാതി പുതിയ ശരീരത്തിനെ ഗ്രഹിക്കുന്നു തൃണജലൂകാനായം എന്ന് പറയും പുല്ലട്ടയെ പോലെയെന്നാണ് ഭാഗവതത്തിൽ പറയണത് പുല്ലട്ട എന്ത് വെച്ചാൽ ഒരു പുല്ല് പിടിച്ചിട്ട് ഇനി പുല്ല് പിടും അതുപോലെ ഇവിടുന്ന് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ സങ്കല്പം കൊണ്ട് ഇനിയൊരു ശരീരത്തിന് പിടിക്കും ഈ ജീവൻ വിടുന്നതിന് മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ടാവും അതിനൊക്കെ ആ സമയത്ത് കണ്ടോ കണ്ടോളും കൊണ്ട് ഇനിയൊരു ശരീരത്തിന് പിടിച്ചിട്ട് ഈ ശരീരത്തിന് വിടും എന്നിട്ട് വേറെ ഒരു ശരീരത്തിൽ പ്രവേശിക്കും നവാനി ശരീരാണി ഗൃഹാദി ഗർഭത്തിലേക്ക് പ്രവേശിക്കും ശരീരത്തിനെ എന്ത് വേണമെങ്കിലും വെട്ടുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഉള്ളിലുള്ള സ്വരൂപത്തിനെ യാതൊന്നുകൊണ്ടും സ്പർശിക്കാൻ പറ്റില്ല അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ശസ്ത്രാണി നൈനം ദഹതി പാവകൈനം ക്ലേദയന്ത്യാപ്പോ നശോഷയ മാ അടുത്ത ശ്ലോകം അച്ഛേദ്യോയദാഹ്യോയക്ളേദ്യോശോഷ്യവ നിതസ്ണു അചലോയം സനതന ഈ ശ്ലോകാർത്ഥം നമ്മൾ നാളെ കാണും